എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിലെ ആത്മസങ്കല്പം എന്നുള്ളതാണ് വിഷയം അത് നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവും എന്താണ് ഈ വിഷയവുമായി ഈ സെമിനാറിനുള്ള ബന്ധം സെമിനാറിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുസാഹിത്യം മതസാഹിത്യം രണ്ടുതരം സാഹിത്യങ്ങളുണ്ട് അത് നമ്മളെ കൾച്ചറിനെ അതിൻ്റെ ഗതിയെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവാഹത്തെ വലിയ തോതിൽ നിയന്ത്രിക്കുന്നുണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന സങ്കല്പങ്ങൾ ഭാഷ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് വരുന്നു അങ്ങനെ നോക്കുമ്പം ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സാംസ്കാരിക പരിസരങ്ങളെ അടയാളപ്പെടുത്തുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയെക്കുറിച്ച് പറയാനല്ല ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനും ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിനകത്ത് ആത്മാവ് എന്നുള്ള സങ്കല്പം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഞാൻ പിന്നാലെ പറയാം ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് പ്രധാനമായും ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ഒന്ന് ബുദ്ധനെ ഇറങ്ങി കല്ല് രണ്ടായിരത്തി പതിനാലിലൊരു രണ്ട് മസ്തിഷ്കം കഥ പറയുന്നു ഇതൊരു ഒരെണ്ണം ഗീതയെക്കുറിച്ചുള്ള പഠനമാണ് രണ്ട് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇത് നിങ്ങളൊരുപക്ഷേ കണ്ടിട്ടുണ്ടാവുക ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം പലരും ചോദിക്കും പലരും ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് പല ഏരിയയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പല പല സംഭവങ്ങളൊക്കെ പറയുകയും പുസ്തകങ്ങളൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ ആരാണ് പലർക്കും ഒരു നിങ്ങൾ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ സോഫായിട്ട് നിങ്ങളുടെ പേരാ പറയുക അല്ലേ അത് മതിയാകും എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ കാണാം സി ഇത് അബ്ദുൽ കലാമിന്റെ മരണത്തോടനുബന്ധിച്ച് വന്ന കുറെ പത്ര കട്ടിങ്സ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അദ്ദേഹം നീലാകാശത്തേക്ക് പോയി രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് പീപ്പിൾസ് പ്രസിഡന്റ് നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പോയി അബ്ദുൽ കലാം മൂന്നാമത്തെ എഴുതിയിരിക്കുന്നു അബ്ദുൽ കലാം സെവേൻ അബ്ദുൾ കലാം പോയി അപ്പോൾ അബ്ദുൽ കലാം പോയി എന്ന് പറയുമ്പോഴും അബ്ദുൽ കലാമിൻ്റെ ശരീരം അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം പറയുന്ന അബ്ദുൽ കലാം പോയിരുന്നു പുള്ളി അങ്ങ് പോയി പക്ഷെ വേറെ എന്തൊക്കെയോ സാധനം ബാക്കിയുണ്ട് ഇത് നമ്മുടെ ഒരു പൊതുവ്യവഹാരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആള് പോയിട്ടോ അപ്പം ഇനി ബാക്കിയുള്ള ശവമാണ് എന്നൊക്കെയാണ് പറയാം അല്ലേ അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് ഭഗവത്ഗീത നമ്മുടെ മുന്നിൽ വെക്കുന്ന ഭഗവത്ഗീത മുന്നിൽ വയ്ക്കുന്ന ആശയം തനത് ആശയം ഒന്നുമല്ല ഇന്ത്യക്കാരെ പൊതുവിൽ ഭൂരിപക്ഷം താലോലിക്കുന്ന ഒരു ആശയത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭഗവത്ഗീതയിൽ കാണാൻ കഴിയുക അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് ഗ്രന്ഥമാണ് അതിനകത്ത് പുതുതായിട്ടൊന്നും തന്നെ ഇല്ല പലയിടത്തായി പറഞ്ഞ വളരെ വൈരുദ്ധ്യങ്ങളുള്ള ആശയങ്ങളും തത്വങ്ങളും എല്ലാം കൂടെ ഒരിടത്ത് കൺസോൾട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഭഗവത്ഗീതയിൽ കാണാൻ കഴിയുക സി അപ്പോൾ അബ്ദുൽ കലാം പോയി എന്ന് പറയുമ്പോൾ അബ്ദുൽ കലാമിൻ്റെ ശരീരം അവിടെ കിടക്കുമ്പോൾ അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ശരീരമല്ലാത്ത എന്തോ ആണല്ലോ അബ്ദുൽ കലാം അല്ലേ അതെന്താണ് ഇതിനെക്കുറിച്ച് മനുഷ്യൻ ചരിത്രാതീത കാലങ്ങൾക്ക് തന്നെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നീയുവാൻ കാരണം ജീവനുള്ള ഒരു മനുഷ്യൻ്റെ ശരീരം അതേപടി അവിടെ കാണുകയും അയാൾക്ക് യാതൊരുവിധ ചലനവും റെസ്പോൺസ് ഇല്ലാതെ കിടക്കുകയും ചെയ്യുമ്പോൾ ആളിൽ നിന്ന് പോയി എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് ഗോത്ര മനുഷ്യൻ തൊട്ട് എത്തിച്ചേർത്തിട്ടുള്ളത് വളരെ ദളിത് സംതിങ് ഈസ് മിസ്സിങ് അത്രേ ഉള്ളൂ അപ്പം ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അവലോകനങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരാളാണ് എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരല്പം വെയിറ്റ് കുറയണം അല്ലേ നിങ്ങളുണ്ടായിരുന്ന ഒരു സാധനം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പേന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്നെ തൂക്കിയിട്ട് ഇത്ര കിലോ കിട്ടുന്നു രണ്ടാമത് തൂക്കുമ്പോൾ പേനയുടെ വെയിറ്റ് കുറഞ്ഞു കിട്ടണം അതാണൊരു സാമാന്യ മര്യാദ അങ്ങനെ കിട്ടുന്നുണ്ടോയെന്നറിയാനായിട്ടൊരു സാഹം പലർക്കും വണ്ടേ ഉണ്ടായിട്ടുണ്ട് ആത്മാവ് എന്നൊക്കെ പറയും നമ്മൾ സോൾ എന്തോ ചൈതന്യം എന്തൊക്കെ സാധനം അത് സംബന്ധിച്ച് രസകരമായൊരു പരീക്ഷണത് ട്വൻറി വൺ ഗ്രാം എക്സ്പെരിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മക്ഡൊഗൽ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ മസാജ് യു എസ് എൽ ഉള്ള ഒരു ഫിസിഷ്യൻ ആണ് പുള്ളി നടത്തിയ പരീക്ഷ ഇതായിരുന്നു ആറുപേർ വെച്ചുകൊണ്ട് അദ്ദേഹം അവരെ മരിക്കും എന്ന് പറയുമ്പോൾ ആറുപേർ അവരെ കൊണ്ടുവന്ന് ഒരു കട്ടിൽ കിടത്തി വെയ്യും ബാലൻസും അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് ഉള്ള ഒരു കട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഏടെ നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് പതിനൊന്ന് വർഷത്തിന് മുന്നെയാണ് നാലൊരു ഗ്രോം എന്നിട്ട് ഈ ആറുപേരുടെ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെയിറ്റ് എടുത്തതിന് ശേഷം മരിച്ചതിന് ശേഷമുള്ള വെയ്റ്റ് എടുത്തു അപ്പോൾ അതിന് മുന്നേ അദ്ദേഹം ഒരു ഹൈപ്പോത്തെസിസ് ഉണ്ടാക്കിയിരുന്നു ഒരു സാങ്കല്പികമായൊരു തത്വം ഉണ്ടാക്കിയിരുന്നു ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഗ്രാം ആണ് നമ്മുടെ ആത്മാവിൻ്റെ വെയിറ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കാണത് ഈ കണക്ക് കിട്ടുമെന്നറിയാനായിട്ടാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത് അപ്പോൾ ഈ ആറ് പേഷ്യൻസിൽ ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഗ്രാം നഷ്ടപ്പെടുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്ന വാർത്തയാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ ഒരു തമാശ പോലെ കാണുന്നൊരു സാധനമാണ് പക്ഷേ ഇത് നമ്മളുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഗതിയെ ഒരുപാട് സ്വാധീനിച്ച ഒരു പരീക്ഷണമാണ് കാര്യം ഇതോടനുബന്ധിച്ച് ഒരു പടം ഇറങ്ങിയാണ് നിങ്ങൾ ഒരുപക്ഷെ രണ്ടായിരത്തി മൂന്നിലെ ഒരു പ്രസിദ്ധ സംവിധായന്റെ ഒരു പടമാണ് ഇരുപത്തിയൊന്ന് ഗ്രാം എന്നുള്ളത് ട്വന്റി വൺ ഗ്രാം എന്നുള്ളത് ഒരുപാട് ഡോക്യുമെന്ററീസ് ഇറങ്ങിയിട്ടുണ്ട് പ്ലേസ് ഇറങ്ങിയിട്ടുണ്ട് സാഹിത്യത്തിലും അതുപോലെ തന്നെ കലയിലും ഒക്കെ ഒരുപാട് റെപ്രസെന്റേഷൻ ട്വന്റി ഗ്രാം നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് ഇരുപത്തിയൊന്ന് ഗ്രാം എന്നുള്ളത് ഈ പരീക്ഷണത്തിന്റെ യഥാർത്ഥത്തിൽ സയൻസിന്റെ മുന്നിൽ യാതൊരു പക്ഷെ അതൊരു എന്താ വടക്കൻ പാട്ടൊക്കെ എന്ന് പറയുന്ന രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞു പോകാറുണ്ട് ഇതിന് അദ്ദേഹം ആ പരീക്ഷണത്തിലെ മനുഷ്യരുടെ ആറുപേരെ നടത്തുന്നതിന് മുമ്പ് നായ്ക്കളെ നടത്തിയിരുന്നു നായ്ക്കളെ മരിച്ച നായ്ക്കളുടെയും മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെയിറ്റ് അദ്ദേഹം ഒരുപാടെണ്ണം പരിശോധിച്ചിട്ട് ഒരെണ്ണത്തിലും വെയിറ്റിൽ വ്യത്യാസം ഇല്ലയെന്നദ്ദേഹം കണ്ടു അപ്പോൾ നായ്ക്കൾ പോരാ എന്നാണ് ഈ പുള്ളി കണ്ടെത്തിയത് അവർക്ക് ആത്മാവതിൻ്റെ ഒരു അസ്കിത ഇല്ലായിരിക്കാം ഒരുപക്ഷെ എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ പ്രശ്നം വളരെ ഒരു പത്ത് സെക്കൻഡുകൊണ്ട് പറയാമെന്നേളു ഒന്ന് സർവേ സാമ്പിൾ വളരെ കുറവാണ് ആറുപേരാണ് ആറിൽ ഒരാൾക്ക് മാത്രമാണ് വെയിറ്റ് കുറഞ്ഞു അതാണ് രസം വേറൊരാൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ കൂടിക്കൊണ്ടിരുന്നു കൂടിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ കുറേ നേരം അങ്ങ് കൂടിക്കൊണ്ടേ കുറച്ച് പേരൊക്കെ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ആറെന്ന് പറയുന്നത് ഡേറ്റ തന്നെ ചെറുതാണ് അല്ലെങ്കിൽ സാമ്പിൾ തന്നെ ചെറുതാണ് അതിലൊരാൾക്ക് മാത്രമാണ് ഇയാൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയത് സാധാരണ സയൻസിൻ്റെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനോമിന നിരീക്ഷിച്ചതിന് ശേഷം ആക്സിയത്തിൽ എത്തിച്ചേരുക അല്ലാതെ ആദ്യം ഒരു തിയറി ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ചുള്ള തെളിവുകൾ ശേഖരിച്ചിട്ട് സെലക്റ്റീവായിട്ട് പിക്ക് ചെയ്ത് ഉണ്ടാക്കുന്നൊരു സാധനമല്ല പിന്നെ ഈ പട്ടികളുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം പട്ടികളെയൊക്കെ കൊന്നതാണോ എന്നറിയില്ല ആരും പട്ടികളൊക്കെ ഇങ്ങനെ ആസനമരണമായിട്ട് കിടക്കുകയും അതിൻ്റെ രോഗമൊക്കെ കണ്ടിട്ട് മരിക്കാൻ പോവുക അതൊക്കെ കണ്ടത്തെ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ നമ്മൾ മരിക്കാൻ ഒരു വിഷയമുണ്ട് നമ്മളുടെ താപനില നിയന്ത്രിക്കാനായിട്ടുള്ള ലങ്സ് ഇപ്പോൾ അതായത് ഈ ബ്രീത്തിങ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് താപനില വേരിയും ചെയ്യും അപ്പം നമ്മൾ ഓവർ സ്വെറ്റിങ് ആണ് വിയർപ്പ് കൂടും വിയർപ്പ് കൂടുമ്പോൾ കുറച്ച് നമ്മളിലുള്ള ജലാംശം അന്തരീക്ഷത്തിലേക്ക് പോകും അതാണ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മൊമെന്റിൽ ഈ ട്വൻറ്റി വൺ ഗ്രാമിൻ്റേത് വരുന്നത് അതായത് കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ഈ സ്വറ്റ് പ്ലാൻസ് അത്ര വർക്ക് ചെയ്യത്തില്ല വിയർപ്പ് ഗ്രന്ഥികൾ ഏതാണ്ട് ഇല്ലാന്ന് തന്നെ പറയുന്നത് അപ്പം അതുകൊണ്ട് അതിന് വെയിറ്റ് വ്യത്യാസമില്ല ഇതാണ് സങ്കരി ഇനി വെയിറ്റ് വ്യത്യാസപ്പെടുകയും കൂടുകയും കുറെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മൈക്രോക്സ് കറി ഓപ്പറേറ്റ് ചെയ്തു തുടങ്ങും നിങ്ങളുടെ ശരീരം കുറച്ച് കഴിയുമ്പോൾ ചീർക്കും ഒക്കെ ഭയങ്കര വെയിറ്റ് ആവും പിന്നെ മറ്റൊരു കാര്യം ഒരാൾ മരിച്ചു എന്നെങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് ഇന്ന് പോലും വളരെ കൃത്യമായിട്ട് മരിച്ച നിമിഷം പല പല മരണങ്ങളുണ്ട് സെർബൽ ഡെത്തുണ്ട് കാഡിയാക്ക് അറസ്റ്റുണ്ട് വെജിറ്റേറ്റിയസ് ഡെറ്റുണ്ട് എപ്പോഴാണ് മരിച്ചതെന്ന് ഒരു നൂറ് വർഷത്തിന് ശേഷം പോലും നമുക്കിപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ടൈം പോയിൻറ്റ് പറയാൻ പറ്റാത്തടത്താണ് ഒരു നൂറ്റാണ്ടിന് മുന്നിൽ ഇദ്ദേഹം മരിച്ച സമയം തൊട്ടടുത്ത നിമിഷം എന്നൊക്കെ പറഞ്ഞൊരു ഇടായിപ്പോൾ പഠനം ഉണ്ടാക്കിയത് പക്ഷേ ഞാനൊരു കൗതുകത്തിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ എന്തോ നഷ്ടപ്പെടുന്നു എന്നുള്ള ഇനി ഗീതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗീതയിലെ പ്രശ്നം ഇതാണ് അർജുനൻ സ്വന്തം ബന്ധുമിത്രാദികളെ കൊല്ലാനായിട്ട് തയ്യാറെടുക്കുന്നു അപ്പോൾ ഇവിടെയെല്ലാം നേരെ കാണുന്നു അപ്പോൾ അദ്ദേഹത്തിന് കൈ കുറയ്ക്കുന്നു പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ് ഈ അർജുനൻ തന്നെ ഇതേ ആൾക്കാരെ ഈ വിരാട രാജധാനിയിൽ വിരാടൻ്റെ പശുക്കളെ മോഷിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് അർജുനൻ ഉത്തരനുമായി പോയിട്ട് ഈ കർണനെയും ദ്രോണരെയും ഭീഷ്മരെയും ഒക്കെ ഉൾപ്പെടെ എൻ്റെ അടിച്ച് നിരപ്പാക്കിയ അർജുനന് ഇതേ ആൾക്കാരെ വീണ്ടും ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നാണ് ഗീത പറയുന്നത് ഗീതയുടെ ചരിത്ര ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ വേറെ പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് നെറ്റിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം പുള്ളി പറയുന്ന യുദ്ധത്തിലെ സ്വജനത്തെ കൊല്ലുന്നത് ഒരു ശ്രേയസ് ഞാൻ കാണുന്നില്ല വിജയവും രാജ്യവും സുഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് രാജ്യം കൊണ്ട് കാര്യം ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് ഫലം എന്നുള്ള വളരെ ഫിലോസോഫിക്കൽ മോഡിലാണ് അർജുനൻ നിൽക്കുന്നത് അപ്പോ ആദ്യത്തെ അർജുന വിഷാദ യോഗം പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ കൃഷ്ണൻ തിരിച്ചൊന്നും പറയുന്നില്ല രണ്ടാമത്തെ അദ്ധ്യായത്തിൽ അദ്ദേഹം പറയുന്നു അകീർത്തികരം അർജുനം അതായത് ആര്യന്മാർക്ക് ചേരാത്തതും സ്വർഗം നൽകാത്തതുമായ ഇതിൻ്റെ ഒരു സ്വഭാവം വളരെ മോശമാണ് അപ്പം അടുത്ത രണ്ടു മൂന്ന് ശ്ലോകങ്ങൾ ഇതേങ്ങളൊക്കെ ശരിക്ക് കുറ്റപ്പെടുത്തുകയാണ് എന്താണ് ചെയ്യുന്ന ആണും പെണ്ണും ഹൃദയ ദൗർബല്യം അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലേ യഥാർത്ഥത്തില് ഞാൻ ബുദ്ധനെ പറഞ്ഞ കല്ല് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ എന്തൊക്കെ ആർഗ്യുമെന്റ് ആണ് കൃഷ്ണൻ അർജുനെ കൊണ്ട് കൊല്ലാനായിട്ട് മുന്നിട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്സ് പതിമൂന്ന് തരം ആർഗ്യുമെന്റ്സ് ഉണ്ട് അതിൽ ഓരോ ആർഗ്യുമെന്റ് മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത് ബാക്കി ആർഗ്യുമെന്റ്സ് ഒരുപാടുണ്ട് പതിമൂന്നെണ്ണം അത് ഒരു ചാപ്റ്റർ ഉണ്ട് കൊലവിളി പലതരം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാനത് കൺസോൾട്ടേറ്റ് അപ്പം അദ്ദേഹം പറയുന്നൊരു ആർഗ്യുമെന്റ് എന്തറിയാം ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ് നീ യഥാർത്ഥത്തിൽ ഈ ഭീഷ്മരെ ഭീഷ്മര മടിയിൽ ഇരുത്തി വളർത്തിയാണ് അർജുനെയും ഭീഷ്മെ ഭീമനെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ധൃതരാഷ്ട്രം അല്ലെന്നുണ്ടെങ്കിൽ ധൃതരാഷ്ട്ര മക്കള് ദുര്യോധൻ ഇവരൊക്കെ ബന്ധുക്കളാണ് ഭയങ്കരമായിട്ട് നിനക്ക് മാനസികമായി അടുപ്പമുള്ളവരാണ് പക്ഷേ ഇവരെയൊക്കെ കൊല്ലാനായിട്ട് പോകുമ്പോൾ നിന്റെ കൈവറക്കേണ്ട കാര്യമില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും യഥാർത്ഥം നീ കൊല്ലുന്നില്ല മനസ്സിലല്ലേ ഇവരെയൊന്നും നിനക്ക് കൊല്ലാനും കഴിയില്ല കാര്യം ഇവരെന്ന് പറയുന്നത് ഇവരുടെ ആത്മാവാണ് ട്വൻറ്റി വൺ ഗ്രാമാണ് ഫോർ ട്വന്റി വൺ ഗ്രാമാണ് ഏഹ് അതുകൊണ്ട് നീ ഒന്നും ചെയ്യുന്നില്ല നീ ജസ്റ്റ് നിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ നീ കൊല്ലുക ജയിക്കുക രാജ്യം നേടുക സുഖിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം പറയുന്നത് വളരെ ഘോരമായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ഈ സിദ്ധാന്തങ്ങൾ ശരിക്കും വരുന്നത് ഉപനിഷത്ത് എന്നാണ് ഉപനിഷത്തിൻ്റെ കൺസോൾട്ടേഷനാണ് താത്വികമായിട്ടുള്ള ഒരു ഒരു കൺസോൾട്ടേഷനാണ് ഗീത എന്നാണ് പറയുക അല്ലെ ഉപനിഷത്ത് പശുവാണെന്നുണ്ടെങ്കിൽ ഗീത അതിൻ്റെ പാലാണ് എന്നുള്ള രീതിയിലൊക്കെ കൃഷ്ണൻ അത് കറന്നെടുത്തു വന്നു അപ്പോൾ കൃഷ്ണൻ ആരാണ് എന്ന് ആലോചിച്ച് നോക്കുക കൃഷ്ണൻ ഗോപാലൻ എല്ലാം ശരിയായിട്ട് വരും ഇത് കടോപനേഷത്തിലൊരു വരി ഉണ്ട് ആത്മാനാം രഥനാം വ്യക്തി ശരീരം രഥമേവത്വു ബുദ്ധിത്വ സാരഥീം വ്യക്തി മനപ്രഗ്രഹമേവച ഇന്ദ്രിയാനി ഖയന്യാഹു വിഷയാശേഷു ഗോചരൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേ ത്യാഗുർ മനീഷണ കടോപനേഷത്തിലൊരു വരിയാണ് ഈ സാധനമാണ് ശരിക്കും രീതിയിൽ പറയുന്നത് അതായത് രഥോപമ എന്ന് പറയും രഥോപമ ഹൈന്ദവ സാഹിത്യത്തിൽ മാത്രമല്ല ബൗദ്ധ സാഹിത്യത്തിലെല്ലാം ഈ രഥത്തെ ഉപമിക്കുന്ന രീതിയുണ്ട് അതായത് അന്ന് കാറില്ല ലോറി ഇല്ല കപ്പൽ അങ്ങനെ കപ്പലും ഉണ്ടോയെന്നറിയില്ല അപ്പൊ സംഗതി ഉള്ള ആകെ രഥമാണ് ഇപ്പൊ രഥത്തെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ആത്മാനാം രഥിനാം വ്യക്തി രഥത്തില് സഞ്ചരിക്കുന്ന ആള് അയാളാണ് ആത്മാവ് ശരീരം രഥമേവത്തു ശരീരം എന്ന് പറയുന്ന രഥമാണ് ബുദ്ധിയെത്തു സാരഥിയും ആരാണ് ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ സാരഥി അയാളാണ് ബുദ്ധി അതുപോലെ തന്നെ അഞ്ചു കുതിരകൾ ഇന്ദ്രിയാനി ഹൈന്യാഹു വിഷയാംസ്തേഷ ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് കണ്ണ് മൂക്ക് അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ടല്ലോ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ആ രഥത്തിലുള്ള അഞ്ച് കുതിരകൾ അപ്പോൾ ഒരു ഈ മൊത്തം സങ്കല്പം ആത്മാവിനെ സംബന്ധിച്ചുള്ള കടോപനഷത്തിൻ്റെ സങ്കല്പം രഥവുമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് അതിനകത്ത് സഞ്ചാരി എന്ന് പറയുന്ന ആത്മാവ് ബുദ്ധി എന്ന് പറയുന്ന സാരഥി രഥമെന്ന് പറയുന്ന ശരീരം ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന അഞ്ച് കുതിരകൾ അങ്ങനെ ഈ അഞ്ച് കുതിരകൾ ഒപ്പിക്കാനായിട്ടാണ് പല ഗീതാ ക്ലാസ്സുകളിലും പല ആൾക്കാരും അഞ്ചു കുതിരകളുടെ പടം വെച്ചുകൊണ്ട് പരസ്യം ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ബുദ്ധന ഇറങ്ങി കല്ല് ഇറങ്ങിയതിനു ശേഷം അത് ഞാൻ അങ്ങനെ കാണുന്നില്ല യഥാർത്ഥത്തിൽ നാലു കുതിരകളെ ഉള്ളു മഹാഭാരതത്തിൽ അത് വരുന്നത് ശരിക്കും ആദിപർവം ആദിപർവ്വത്തിൽ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെയുള്ള ഭാഗത്ത് അഗ്നിദേവൻ ഈ ഒരു വനം തിന്നാനായി അദ്ദേഹത്തെ സഹായിക്കുന്നതിൻ്റെ പേരിൽ അർജുനന് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു രഥം വെച്ചുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നു അതിനകത്ത് നാല് കുതിരയുള്ളൂ അത് ഭാഗവതത്തിലും പറയുന്നുണ്ട് ആ നാല് കുതിരകളുടെ പേര് പറയുന്നുണ്ട് സൗഭ്യ സുഗ്രീവ മേഘപുഷ്പ ബാലഹ ഈ നാല് കുതിരകളെ ഉള്ളു യഥാർത്ഥത്തിൽ മഹാഭാരത്തിൽ മഹാഭാരതത്തിലാണല്ലോ ഗീത പക്ഷേ അഞ്ച് കുതിര പറയുന്നത് ഇതൊരു ഉപനിഷത്ത് സംഭവമാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ യഥാർത്ഥത്തിൽ നാലെണ്ണയുള്ളൂ അതിന് അഞ്ച് ഉണ്ടെങ്കിൽ അഞ്ച് ഇന്ദ്രിയങ്ങളാകും മനസ്സിലായോ അതുകൊണ്ട് എന്താണ് ഗീതയിലെ ആർഗ്യുമെൻറ്റ് ഗീതയിലെ ആർഗ്യുമെന്റ് ഞാൻ പറയുന്നത് ഒരു ഇസ് ഓൺലൈ കൺസോൺ ഇസ് എ ആൻഡ് പേസ് വർക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല അതിനകത്ത് എല്ലാം ഉണ്ട് വൈശേഷിക ഉണ്ട് ന്യായമുണ്ട് ന്യായവൈശേഷിക ഉണ്ട് വേദാന്തമുണ്ട് ഏകദൈവ സങ്കല്പമുണ്ട് ബഹുദൈവ സങ്കല്പമുണ്ട് പല പല സംഭവങ്ങളുണ്ട് എല്ലാ സാധനവും അതിനകത്തുണ്ട് എന്ത് വേണമെങ്കിലും എടുക്കാം ജ്ഞാനമാണ് നല്ല മാർഗം എന്ന് പറയുന്നുണ്ട് കർമ്മമാണ് നല്ല മാർഗം എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ ഒരു മാർഗം ഉണ്ടല്ലോ എന്താ എല്ലാ മാർഗ്ഗങ്ങളും കൊള്ളാം എന്നാണ് വേണ്ടത് എടുക്കാം എന്നുള്ളത് ഭക്തി ഭക്തിയാണ് രണ്ടാമത് അത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കർമ്മകാണ്ഡമാണ് പിന്നെ ഭക്തികാന്ഡം പിന്നെ ജ്ഞാനകാന്ഡം എന്നൊക്കെ ഡിവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലിത് ഓവർലാപ്പ് ചെയ്ത് വരാറുണ്ട് ഒരാശയം തന്നെ വീണ്ടും വീണ്ടും പറയും വരികൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതേ വരികൾ തന്നെ നമുക്ക് അപ്പടി റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും പിന്നെ ആശയങ്ങൾ പരസ്പര വിരുദ്ധമാണ് ഗീതയിൽ ഒരൊറ്റ ആശയം ഇല്ല ഒറ്റ ദൈവം ഇല്ല ഒറ്റ ഫിലോസഫി ഇല്ല പതിനെട്ട് അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു ഭാഗ്യ നമ്പരാണ് പതിനെട്ട് പതിനെട്ട് അക്ഷകണി പതിനെട്ട് അധ്യായം പതിനെട്ടാം പടി അത് സെമെറ്റിക് റിലീജിന് ചെന്നാൽ പന്ത്രണ്ടായിരിക്കും പന്ത്രണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ട് മാസം എല്ലാം പന്ത്രണ്ട് ഓരോ കാലത്തും ഓരോ നാട്ടിലുമുള്ള അന്ധവിശ്വാസങ്ങൾ ന്യൂമറോളജിക്കൽ അന്ധവിശ്വാസമാണ് ഈ പതിനെട്ട് ഈ ഒരു കാര്യം ഇവിടെ ഗീതയിലെ ചില അധ്യായങ്ങളിൽ ഇരുപത് ശ്ലോകമേ ഉള്ളൂ പന്ത്രണ്ടാം അധ്യായത്ത് ഭക്തി യോഗം എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഉള്ളൂ അതേസമയം പതിനെട്ടാം അധ്യായം എഴുപത്തെട്ട് ശ്ലോകമുണ്ട് രണ്ടാമത്തെ അധ്യായം എഴുപത്തി രണ്ട് ശ്ലോകമുണ്ട് ചിലതിനകത്ത് നാൽപ്പത്തിയേഴ് ചിലതിനകത്ത് അങ്ങനെ പല പല സമൂഹം ഇതാദ്യം പതിനെട്ടെന്ന് തീരുമാനിക്കുകയും ഇടയ്ക്ക് കിട്ടുന്ന എല്ലായിടത്തു വെച്ച് ചേർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു സാധനം ഉണ്ടാക്കുന്നു പതിനെട്ട് അധ്യായം വേണം ഇടയ്ക്കിടയ്ക്ക് വരികൾക്ക് അതുകൊണ്ടാണ് ഈ വരികൾ തമ്മിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് അനാസക്തിയും അതേപോലെ തന്നെ ഫലയച്ചയില്ലാതെ കർമ്മം ചെയ്യണമെന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നതിൻ്റെ കംപ്ലീഷൻ വരുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇത് പറഞ്ഞു വച്ചിട്ട് കർമ്മണ്യവാധികാരസ്ഥെന്നുള്ള ലൈൻ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ ഒരു കംപ്ലീഷൻ ഇല്ലാതെ അവസാനം നോക്കുമ്പോൾ പതിനെട്ടതാം അധ്യായത്തിലാണ് ഇത് ബാക്കിയിൽ തിരിച്ചു കയറ്റുന്നത് അതുപോലെ തന്നെ ചാതുർവണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചയും രണ്ടാം അധ്യായത്തിൽ തുടങ്ങിയിട്ട് പതിനെട്ടിലാണ് ശരിക്കും കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഇറ്റ്സ് എന്താ പറയുന്ന ഒരു ഒരു കൊളാഷ് പോലെയുള്ള ചിന്തകളാണ് ഇനി എന്താണ് ആത്മാവിനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര പേര് നിങ്ങൾ ഇതിനകത്ത് ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈ പോക്കാം അല്ലെങ്കിൽ എനി പൊക്കബിൾ ഓർഗനൊന്ന് പോക്കാം പ്ലീസ് ബ്ലഡി റാഷണൽ എവറിബഡി ആ യെസ് കമോൺ ഒന്ന് രണ്ട് അപ്പൊ ആത്മാവ് ഇല്ല എന്ന് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ശരീരം തന്നെയാണ് അതൊരു പ്രതീതിയാണ് അങ്ങനെ കാര്യത്തിൽ ശശാങ്കന്മാരായിരിക്കും അല്ലേ ശശാങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയെന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ അങ്ങനത്തെ യാതൊരു സംശയമില്ല നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒരു വിശ്വാസികരായിട്ടുള്ള ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഫുൾ മാർക്സ് ഇതാണ് സങ്കല്പം എന്തുകൊണ്ടാണ് അർജുനീർ പേടിക്കണ്ടെന്ന് പറയുന്നത് അതായത് യാതൊരാൾ ഈ ആത്മാവിനെ കൊല്ലുന്നവനെന്ന് ധരിക്കുന്നുവോ യാതൊരാൾ ഇവനെ കൊല്ലപ്പെട്ടനായി ഗണിക്കുന്നുവോ രണ്ടുപേരും വാസ്തവ അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആളിനെയൊക്കെ കൊല്ലായിരിക്കും പക്ഷെ ആത്മാവിനെ തുടരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയാം ഏനം വ്യക്തി ഹന്താനം യെച്ചു മന്യദേഹനം ഉഭവ തൗന വിജാദേ കഥാജി നായം ഭൂത ഭവിത വാനഭൂയം അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യേ ഹന്യമാനെ ശരീരം രണ്ടാം അദ്ദേഹത്തിൽ പറയുന്നത് അതായത് ഈ ആത്മാവെന്ന് പറയുന്നത് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല നോ ജനനം നോ മരണം പിന്നെന്താണ് നിത്യനാണ് സ്ഥിരനാണ് എപ്പോഴുള്ള ശാശ്വതോയം പുരാണോ പുരാണങ്ങളോളം പ്രാചീനനാണ് ഈ ആത്മാവ് പുരാണങ്ങൾ കഴിഞ്ഞ പതിനെട്ടാം നൂറ്റാണ്ടു വരെ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഉപനിഷത്തുകളും അള്ളോ ഉപനിഷത്ത് വരെ ഉണ്ട് ഔറംഗസീബിന്റെ കാലത്തെ കെഴുതിയ ഉപനിഷത്തുകളുടെ എണ്ണം ഇപ്പോഴും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുക പക്ഷെ ഇദ്ദേഹം പറയുന്നതെന്ന് അറിയാം പുരാണങ്ങള് ഹിന്ദു സാഹിത്യത്തിൽ പുതിയ പുതിയ പുതിയ സാധനമാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നതാണ് അജോ നിത്യം ശാശ്വതോയും പുരാണോ ഹന്യമാനെ ശരീരേ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ശരീരം ഹതമാകുമ്പോൾ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൻ രക്ഷപ്പെടും അപ്പൊ ആത്മാവിനെ ഒന്നിച്ച് ആത്മാവാണ് യഥാർത്ഥം നിങ്ങൾ അല്ല നിങ്ങളുടെ ശരീരം അല്ല അതാണ് അബ്ദുൽ കലാം പോയിന്ന് പറഞ്ഞു അബ്ദുൽ കലാമിന്റെ എല്ലാം ഇവിടെ കിടപ്പുണ്ട് പക്ഷെ അബ്ദുൽ കലാം പോയിന്ന് നമ്മളെല്ലാം പറയുന്നത് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസ് മൊത്തം അങ്ങനെ പോകുന്നു പുള്ളി പോയിട്ട ഇന്നലെ ആയിരുന്നു പുള്ളി പോയിട്ടു പറയും അടക്കം ഇന്നാണെന്ന് പറയും മറ്റൊന്നാണ് വേറൊരു സങ്കല്പമാണ് ഈ വസ്ത്രം മാറുന്നത് പോലെ അമേരിക്കയിലൊക്കെ അവരെ പറയുണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരു ഷട്ട് മാറുന്നത് പോലെ മാറുന്നു എന്ന് പറയുന്ന ഒരു സാധനം അതാണ് വാസാംസി ജീർണ്ണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംവാനി ദേഹി അതായത് മനുഷ്യനെങ്ങനെയാണോ കീറിയ വസ്ത്രങ്ങൾ വെടിഞ്ഞ് പുതിയവ് സ്വീകരിക്കുന്നത് അതുപോലെ ആത്മാവ് ജീർണ ശരീരങ്ങൾ വെടിഞ്ഞ് പുതിയ ദേഹങ്ങൾ കൈക്കൊള്ളുന്നു അതായത് നിങ്ങളിൽ നിന്നൊരാൾ ആത്മാവ് നിങ്ങൾ മരിക്കുമ്പോൾ ഒരു സോഡാ കപ്പ് പോലെ പൊട്ടിത്തെറിച്ചു പോകും എന്നിട്ട് പോയി യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി അവിടെ അവിടെ ഇരിക്കുന്ന അല്ല ജനിക്കാനിരിക്കുന്ന ഒരാളിലേക്ക് കയറും അവിടെ ഇരിക്കുന്ന ആൾ കയറാൻ പറ്റും അയാളുടെ ഒരു സാധനം ഉണ്ട് അയാളൊരു സാധനമായിട്ട് അടക്കുക ജനിക്കാനിരിക്കുന്ന പുതിയ വേണമെങ്കിൽ വെഡിങ് ലിസ്റ്റൊക്കെ നോക്കി വെച്ച് നിങ്ങൾ ആത്മാവാണ് തീരുമാനിക്കുന്നതാണ് പറയുന്നത് എവിടെ ജനിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഈ പിന്നെ ദമ്പതികൾ തീരുമാനിക്കുന്നു ജനിപ്പിക്കാൻ എന്നാണ് തിരിച്ചാണ് ഈ വേദാന്തം അനുസരിച്ച് തിരിച്ചറിയാം ആത്മാവ് തീരുമാനിക്കുക എവിടെയെങ്കിലും പോയങ്ങ് ജനിക്കാൻ അത്രേ ഉള്ളൂ ഇനി എന്താ പറയുക നൈനം ചിന്തന്തി ശസ്ത്രാണി ശസ്ത്രങ്ങൾ വെച്ച് അതിനെ മുറിക്കാൻ പറ്റില്ല ഏകദേശ നൈനം ദഹതി പാവഹ അതായത് കാറ്റ് വെച്ച് ഉണക്കാൻ പറ്റില്ല നമ്മളൊക്കെ കാറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി പോകില്ലേ തുണിയൊക്കെ ആകുമ്പോൾ ഇതിനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെന്താണ് ന ചായനം ക്ലേത അന്ത്യപ്പോ ന ശോഷേ അതിമാരുതഹ അതായത് കാറ്റ് ഉണക്കുന്നുമില്ല വെള്ളം നനയ്ക്കുന്നുമില്ല തീ ദഹിപ്പിക്കുന്നുമില്ല മുറിക്കുന്നുമില്ല ഒരു പരിപാടിയും ആത്മാവിൻ്റെ ഒക്കെയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ പറഞ്ഞ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ലോക സമ്മേളനമാണ് ഒരിടത്ത് തെക്ക് അടുത്ത് വടക്ക് തെക്ക് വടക്ക് കാര്യങ്ങളാണല്ലോമാതിരി വൈരുദ്ധ്യ രാഹിത്യ സിദ്ധാന്തമാണ് ഒരിടത്ത് എന്താണോ പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വേറെ എടുത്ത് അറിയാം ആത്മാവിനെ മുറിക്കാനും നനയ്ക്കാനും ഒന്നും പറ്റില്ലെന്നുണ്ടെങ്കിലും ത്രിഗുണങ്ങളെ കൊണ്ട് അതിനെ ബന്ധിക്കാം അത്യാവശ്യം ഒരു ജയിലിലൊക്കെ പിടിച്ചിടാൻ ത്രിഗുണങ്ങളുടെ സ്വാധീനം മൂലമാണ് ആത്മാവ് ശരീരമാകുന്ന ജയിലിൽ ഇങ്ങനെ വിമർശനമായി കിടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഞാന് സ്ത്രീ പറഞ്ഞു അപ്പൊ നമുക്കൊന്നറിയാലോ എങ്ങനെയാണ് ആത്മാ ഒരാളിൽ നിന്ന് മരിച്ചിട്ട് വേറൊരാളിലേക്ക് കയറുക നമ്മൾ ചെറിയൊരു റിയാലിറ്റി ചെക്ക് ഇതുവരെ നമ്മൾ കാല് തറയത്തോടാതെ ഇങ്ങനെ പോവാൻ അല്ലേസ് ജനിക്കുന്ന എങ്ങനെയാണ് എന്താണ് ജനനം ജനനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ആരെങ്കിലും ജനിക്കുന്നുണ്ടോ ജീവൻ ഉണ്ടാവുന്നുണ്ടോ പുതിയായിട്ട് ഒരു ഒരു ഇങ്ങനെ ഉണ്ടോ ജീവനുണ്ടോ അതായത് നിങ്ങളുടെ ഒരു ബോഡി സെല്ല് ഓക്കെ റൈറ്റ് പറഞ്ഞ കാണാനൊന്നും പറ്റത്തില്ല ഇതിനെ വേണമെങ്കിൽ ക്ലോൺ ചെയ്യാം ഈ ബോഡി സെല്ലിനും ജീവനുണ്ട് ഒരു ഫുൾ സെല്ലാണ് ഓർഗനൻസ് ഉണ്ട് ഡി ഉണ്ട് മൈക്രോ ഉണ്ട് എല്ലാ സാധനവും ഒരു സാധനമാണ് ഒരു ജീവനാണ് ഈ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ നിങ്ങൾ മൊത്തം അപ്പോൾ ഈ സെല്ല് ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ജീവനുള്ള ഒരു സാധനത്തിൽ നിന്നൊരു ജീവനുള്ള സാധനം ഉണ്ടാകുമ്പോൾ ജീവൻ പുതുതായി ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാണ് ഇതിന് ജീവൻ നിങ്ങൾ ക്ലോൺ ചെയ്യാൻ പറ്റില്ല ഇനി സെക്ഷൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് മയോസിസും മൈറ്റോസിസും മയോസിന് രണ്ട് സ്റ്റെപ്പുണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഡൈഫ്ലോയിഡ് ഹാഫ്ലോയിഡ് ആവും എന്നൊരു ഹാഫ്ലോയിഡിൻ്റെ നാല് പോക്കിൽ ഉണ്ടാവും മൈറ്റോസിൽ എന്താ സംഭവിക്കുന്നത് ബോഡി സെല്ല് ഇരട്ടിച്ചിട്ട് ഡൈഫ്ലോയിഡ് തന്നെയായിട്ട് മാറുകയാണ് ചെയ്യും നമ്മുടെ ലൈംഗിക കോശങ്ങളെന്നാണ് പറയുന്നത് ഗ്യാമേജ് അവിടെ രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈംഗിക കോശത്തിലും അത് എഗ്ഗായാലും സ്പെ ആയാലും അൻപത് ശതമാനം മെറ്റീരിയൽ ഉണ്ടാവും അതായത് രണ്ട് പേർ ക്രമസോമം ഉണ്ടാവില്ല ഒരു പേരെ ഉണ്ടാവുള്ളൂ ട്വൻറ്റി മാത്രമേ ഉണ്ടാവും ഇതാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അപ്പം എഗിന് ജീവൻ ഉണ്ടാവണം സ്പേമിന് ജീവൻ ഉണ്ടാവണം എങ്കിലേ സൈക്കോട്ടിന് ജീവൻ ഉണ്ടാവുള്ളൂ ഇതിലേതെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെന്നുണ്ടെങ്കിൽ സൈക്കോട്ടിന് ജീവൻ ഉണ്ടാവില്ല അപ്പോൾ ജീവൻ അവിടെ ഉണ്ടാകുന്നില്ല ഉള്ള ജീവൻ വേറൊരു രൂപത്തിലേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞത് ജീവനെന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഒരു ന്യൂറോ കെമിക്കൽ കണ്ടീഷനാണ് ഒരു രാസപ്രവർത്തനങ്ങളിലെ ഒരു തുടർച്ചയായ ചങ്ങലിയാണ് അത് അവിടെ ഉറപ്പുവരുത്തപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്പേമിന് ജീവൻ ഇല്ല നടക്കില്ല എഗിനില്ലെന്നുണ്ടെങ്കിൽ നടക്കില്ല ഇവൻ പല പല ടെക്നിക്കലായിട്ട് നടക്കാതിരിക്കും ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ എൻ്റെ ചോദ്യം ഇതാണ് ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരാളുടെ സ്വേമിലുള്ള ജീവനും എഗിലുള്ള ജീവനും നിങ്ങൾക്ക് ഒരു ആത്മാവ് കിട്ടുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് കിട്ടിയ ആത്മാവ് വരും ആരുടെ ആത്മാവാണ് ആ ശരിക്കും ആരുടെ ജീവനാ ശരിക്കും ആ പോട്ടെ ഇനി വേറെ അങ്ങനെ പറയാൻ മുറിക്കാൻ പറ്റില്ല സാധനം മുറിച്ചുകൊണ്ടാണ് രണ്ടാക്കിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്യാണ് യഥാർത്ഥ ചെയ്യുന്നത് മനസ്സിലായി ഒരു കഥയും സയൻസുമായിട്ടുള്ള പ്രശ്നമാണ് ഇനി വാർന്ന് ചോദിക്കുകയാണ് ഒരു എന്ന് പറയുന്ന ഒരു സെല്ലാണ് ആ സെല്ല് രണ്ടാകും നാലാകും എട്ടാകും പതിനാറാകും ഇരട്ടിപ്പിയാ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് എക്ടോട്ടം എൻഡോട്ടം മെസ്സോട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അസ്ഥി ഉണ്ടാവും അവയവവൽക്കരണം നടക്കും ക്ലൂറിപ്പോട്ടൻ സെൽസ് എല്ലാം യൂണിപ്പോട്ടൻ്റ് ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും അപ്പം ഞാൻ ചോദിക്കുകയാണ് അണ്ടവും ബീജവും മുട്ടയിടുന്ന മനുഷ്യൻ ജീവിയാണല്ലോ മനുഷ്യൻ മനുഷ്യന്റെ മുട്ടയ്ക്കാണ് അണ്ടോ എന്ന് പറയുന്നത് ഈ മുട്ട ഫെർട്ടിലൈസ് ചെയ്യുക അതാണ് ഈ മുട്ടയും അതുപോലെ ഈ സ്പേമും ഫിഫ്റ്റി പെർസെൻ്റ് മെറ്റീരിയൽ ഇത് രണ്ടും നമ്മൾ ഫ്രീസറിൽ വെക്കുക ഈ ആളുകൾ രണ്ടും മരിച്ചുപോയി അവർ മരിച്ചു അവരെ ആത്മാവുമൊക്കെ അങ്ങ് പോയി അബ്ദുൽ കലാം പോകുന്നതുകൊണ്ട് അവരങ്ങ് പോയി പക്ഷെ അവരുടെ രണ്ട് ഗ്യാമേറ്റ്സ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക എന്നോട് ഇപ്പൊ ചൈനയിലൊക്കെ ചെയ്യുന്ന ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഫ്യൂസ് ചെയ്യാം ആത്മാവ് ഉണ്ടാവോ ഇല്ലയോ ആത്മാവാണ്ടോ ഒന്നും പറയണ്ട ഇനി അതേ എണക്കി ചെയ്യാം ഒരു ജീവി മരിച്ചുപോയി അതിന്റെ ഒരു സെല്ലാം ക്ലോൺ ചെയ്താലോ ജീവി എന്റെ ആത്മാവുമായിട്ട് ആ ആത്മാവ് വേറെ ജീവിൽ കയറി അപ്പോഴാണ് ഇതിന്റെ ശരീരം എടുത്ത് ക്ലോൺ ചെയ്യുന്നത് എങ്ങനെയുണ്ടാവും അടിപൊളി റൈറ്റ് ഇനി ഇനി നമ്മളുടെ ജീവനെന്ന് പറയുമ്പോൾ യഥാർത്ഥം നമ്മളിക്കൂ എൻ്റെ ജീവൻ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ മരിക്കുന്നതാണ് അല്ലേ ചില വായിക്കൂടെ പോയി കണ്ണി കൂടെ പോയി എന്നൊക്കെ പറയാനാണ് ഒരു രസത്തിന് പറയാൻ എളുപ്പമാണ് അങ്ങനെ പറയാൻ എന്തോ ഒന്നും പോയി അബ്ദുൽ കലാം പോയി ഏ പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ല ചിലക്കെ പറയും കവിതയൊക്കെ എഴുതി ഞങ്ങൾ ഇപ്പോൾ ലിറ്ററേച്ചർ അല്ലേ നിങ്ങൾ എന്താണ് സംസ്കൃതമാണേ അല്ലേ ഭയങ്കരമായിട്ട് എഴുതും ഞാൻ ഏകാന്തതയിൽ സംഭവം പക്ഷെ നമ്മൾ ഒരിക്കലും ഏകാന്തതയിലല്ല എന്നുള്ളത് നിങ്ങൾ കോടിക്കണക്കിന് ജീവികളുടെ കൂടാണ് എപ്പോഴും ഉള്ളത് നിങ്ങളുടെ തലയിൽ പേൻതൊട്ട് നിങ്ങളുടെ വയറ്റിലെ വിരകൾ വരെ മൈക്രോബുകൾ വരെ അതായത് നമ്മളുടെ ശരീരത്തിലുള്ള മൊത്തം കോശങ്ങളുടെ പത്തരട്ടി ബാക്ടീരിയകൾ മാത്രമുണ്ട് മനസ്സിലായി പത്തരട്ടി ബാക്ടീരിയകളുണ്ട് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കോശമാണ് ഇതാണ് ഇനി നമ്മളുടെ സെല്ലുകൾ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ മൈറ്റോ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് പിന്നെ സ്വന്തമായ ഓർഗനൽസും ഡി ഉള്ള ഒരു ബാക്ടീരിയാണ് പണ്ട് ഏതോ ചരിത്രാതീത കാലത്ത് എന്തോ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാക്ടീരിയ അറിയാതെ നമ്മുടെ കോശത്തിലേക്ക് തെന്നി വീഴുകയും നമ്മുടെ കോശം അതിനെ അബ്സോർവ് ചെയ്യുകയും പിന്നെ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ധനം നമ്മുടെ എഞ്ചിനായി മാറുകയും നമ്മുടെ അടുക്കളയായി മാറുകയും ചെയ്ത് പോയിട്ട് നോക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഒരു സസ്യ കോശത്തിലെ ക്ലോറോപ്ലാസ്റ്റും വന്നു കഴിഞ്ഞാൽ അതാണതിൻ്റെ അടുക്കളയായി അപ്പോൾ ബാക്ടീരിയ പിന്നെ മൈക്രോബ്സ് ഉണ്ട് പാത്തജൻസ് ഉണ്ട് പാരസൈറ്റ്സ് ഉണ്ട് ഒരു ഒരു അരയാൽ വൃക്ഷം പോലെയാണ് നമ്മുടെ ശരീരം നമ്മൾ ഒരുപാട് അധിവാസ വ്യവസ്ഥകളുടെ അടിസ്ഥാനമാണ് യു ആർ നോട്ട് എ അതുപോലെ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ പല ജീവികളും അപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ പല കോശങ്ങളും അത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല നിങ്ങളുടെ തൊലിയൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് വേണേലും എടുക്കാം നിങ്ങളുടെ കണ്ണ് ആറ് മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ കണ്ണൊന്നും അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ പോയ കാര്യം ചുമ്മാ ഞാൻ ഒരു തമാശ തുടങ്ങി ഇതൊരു ചെയിനോ കെമിക്കൽ റിയാക്ഷൻസ് മരണമെന്ന് പറയുന്നത് ഒറ്റയടിക്ക് വെടിവെക്കുന്നുള്ളറങ്ങ സംഭവമല്ല അതൊരു അതൊരു നീണ്ട പ്രക്രിയയാണ് പല ഘട്ടങ്ങളുണ്ട് ഹാർട്ട് എന്താ പറയുക അറ്റാക്കുണ്ട് കാർഡിയക്കറസ്റ്റുണ്ട് രണ്ടും രണ്ടാണ് ടോട്ടൽ സെർബ്രൽ ഡെത്തുണ്ട് അതുപോലെ തന്നെ സെർബ്രൽ ഡെത്തുണ്ട് ടോട്ടൽ ബ്രെയിൻ ഡെത്തുണ്ട് നാല് തരം ഡെത്തുകളെക്കുറിച്ച് തന്നെ പറയാറുണ്ട് ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഹാർട്ടും ലങ്സും തീർന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഡെത്ത് എന്നാണ് പറയുന്നത് അപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുഭൂതികൾ ഉണ്ടാകാം അത് റെക്കോർഡ് അതാണ് ചിലർ മരണം കഴിഞ്ഞ് തിരിച്ചുപോയിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ന്യൂസായിട്ട് കുറേ പത്രങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് നിങ്ങളുടെ ബ്രെയിൻ ഡെത്ത് പൂർണ്ണമായിട്ടില്ല പക്ഷേ നിങ്ങൾ ക്ലിനിക്കലി ഡെത്താണ് അതിനിടയ്ക്കുള്ള പോർഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭൂതികൾ നിങ്ങൾക്ക് ഒരുപക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഴിയിലേക്ക് വീണെന്നോ മേളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോയെന്നോ ഒക്കെ പറഞ്ഞു അങ്ങനെ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പുസ്തകങ്ങളൊക്കെ അടിച്ച് വിൽക്കുന്നുണ്ട് പക്ഷെ സംഗതി വളരെ സിമ്പിളാണ് ഡെത്തിൻ്റെ പല തലങ്ങളാണ് മരണത്തിൻ്റെ ദിശകൾ എന്ന് ഡിഫറെൻറ്റ് പ്ലേസൊക്കെ pindham parnara karyana we think that there are 10 times more microbial cells in our bodies and there are than there are human cells that means we are 90% microbial and 10% human and there are also an estimated 100 times more microbial genes than the genes in our human genome and we are really a combantium or an amalgamation of human and microbial parts nammal ottakalla ini ആത്മാവിനെ നീ എനിക്ക് ആരെയും കൊല്ലാം ഭീഷ്മരെയും എല്ലാരെയും കൊല്ലാം എന്ന് പറയുന്ന ആള് ഇത് അങ്ങോട്ട് അർജുനന് ശരിക്ക് കത്താത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നുണ്ട് പതിമൂന്ന് ആർഗ്യുമെന്റ് അർജുന ഒരു കാര്യം ചെയ്യുക നീ ഒരു ക്ഷത്രിയനാണ് യദർച്യാർഗദ്വാരൃതം ക്ഷത്രിയ ലഭന്ധം ഈ ദൃശ്യം ജാതി മേന്മ പറഞ്ഞ അദ്ദേഹത്തെ ഇളക്കാണ് അതായത് ഇത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഗുണമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇതാണ് ഒരു യുദ്ധം ലഭിക്കുക അല്ലെ പുരുഷവിന് യുദ്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞോ പുരുഷവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് യുദ്ധം ഇതൊരു വലിയൊരു യുദ്ധം കിട്ടിയിരിക്കുകയാണ് അർജുന നീര് കളയല്ലേ സ്വർഗത്തിന്റെ വാതിൽ ദാ നിനക്ക് തുറന്നിരിക്കാം വാടാ എന്ന് പറഞ്ഞിരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ത് അതാണ് പറയുന്നത് അതായത് നീ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നീ ചത്ത് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും പൂറിയൊന്നും ഉണ്ടാവില്ല മദ്യം ഉണ്ടാകും മദ്യം ഉണ്ടാവില്ല പാട്ടുണ്ടാവും പാട്ട് ഡാൻസ് കുറവശി കരയൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇനി അഥവാ നീ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫോക്ഷസി മഹീം ഭൂമിയെ നിനക്ക് ആസ്വദിക്കാം മണ്ണു വരത്തിനാ രാജ്യം ഭരിക്കാം ഓക്കെ താങ്ക്സ് ഇപ്പം രണ്ട് രീതിയിൽ ഇയാൾ ആദ്യം പറഞ്ഞാൽ നീ ആത്മാവിനെ കൊല്ലുന്നില്ല നീ നിനക്ക് കൊല്ലാനേ പറ്റില്ല അവനെ കരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ പറയുകയാണ് രണ്ട് രീതിയിൽ ഒന്നിലെ നീ അവിടെ പോകും അല്ലെങ്കിൽ അപ്പൊ ചോദ്യം ഈ സ്വർഗ്ഗത്ത് പോകുന്ന ആരാ അർജുൻ്റെ ആണോ പോകുന്നത് അർജുൻറെ ആത്മാവാണ് ആത്മാവ് അപ്പൊ അവിടെ വീണ്ടും ഒരു ശരീരം വേണം സ്വർഗത്ത് ഒരു ചിലപ്പോൾ ജനനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ഒരുപാട് കഥകൾ ഒരുപാട് വിസ്തൃത്യങ്ങൾ മാത്രമേ ഇത് ശരിയാവുള്ളൂ കൂടെ ഇനി ഉപകാരം എന്ന് പറയുന്നുണ്ട് ഈ ദ്രോണരേയും ഭീഷ്മരെയൊക്കെ നിൽക്കുന്ന അങ്ങനെയൊക്കെ കാണുമ്പോൾ കൈവിറക്കുന്നുണ്ടല്ലോ നീ പേടിക്കണ്ട കാര്യമില്ല ഇവരൊക്കെ ഞാൻ കൊന്നതാണ് ഞാൻ കൊന്നു വെച്ചേക്കാണ് ഇവരെ ചില നമ്മളെ പാമ്പിനെ അടിച്ചു തന്നിട്ട് പറയും അതെ ഞാനിതിനെ അടിച്ചു പോന്നിട്ടുണ്ട് നീ മേട രണ്ടാടി അടിച്ചു പോന്നു എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത് ജയദ്രഥൻ കർണൻ തുടങ്ങിയ അതേപോലെ എല്ലാ പടനായകന്മാരെയും ദുഃഖിക്കേണ്ട നീ യുദ്ധം ചെയ്യുക എതിരാളിയെ നീ പോരിൽ ജയിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് നീതാണ് രസം ആത്മാവിനെ കുറിച്ച് ഗീതയുടെ മറ്റൊരു സങ്കല്പമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ് സർവേ ഭയമതപരം എന്താണ് ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല കൃഷ്ണൻ അർജുനോട് പറയും ഞാനുണ്ടല്ലോ ഞാൻ എന്നും ഉണ്ടായിട്ടുണ്ട് നീയുമില്ലാതിരുന്നിട്ടില്ല നീ എന്നും ഇവിടെ ഉണ്ടായിരുന്നു ഈ രാജാക്കന്മാർ നീ ചുറ്റും കണ്ടെത്തി രാജാക്കന്മാരുണ്ടല്ലേ അവരും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരല്ല ഇത് അവരുടെ ആത്മാവാണ് അതെന്നും ഉള്ളതാണ് ഇനിമേൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കേയില്ല എന്നുമില്ല നാളെയും നമ്മളുണ്ടാവും പക്ഷെ മൊത്തത്തിൽ ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞു വിട്ടു അപ്പൊ എങ്ങനെയാണ് ഒരു ജീവി ജനിച്ചു കഴിഞ്ഞാൽ മരണം നിശ്ചിതമാണ് അല്ലെ മരിക്കാത്താരേലുണ്ടോ ഇല്ല അപ്പോ ഈ ഒരു സാധനം പണ്ടത്തെ ഈ ഗീതയൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര ഹിറ്റ് അറിവാണ് വളരെ ഹിറ്റായിട്ടുള്ള അറിവാണ് ഓ ജനിച്ചാൽ മരണം നിശ്ചിതമാണ് എന്നൊക്കെ പറയാനുണ്ട് അതാണ് ജാതസ് ധ്രുവോ മൃത്യു അതിന്റെ അവസാനം മൃത്യുണ്ടാവും ധ്രുവം ജന്മ വൃതസ്വച്ച അതുകൊണ്ട് നീനകത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനം നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അർജുന നീ യുദ്ധം ചെയ്യാ നീ ചിലപ്പോൾ ചാവും അല്ലെങ്കിൽ ജീവിക്കും അത്രയല്ലേ ഉള്ളു അതൊക്കെ എല്ലായിടത്തും നടക്കുന്നല്ലേ ഈ ജനിച്ചെല്ലാം മരിക്കൂന്ന് നിങ്ങള് പറഞ്ഞു അങ്ങനെ സംഭവിക്കുക നീ കാണുന്ന ജീവികളൊക്കെ നോക്കുക ജല്ലി ഫിഷ് പ്ലാനേറിയം ഫ്ലാൻ ബോംസ് ടാഡിഗ്രാട്സ് ഹൈഡ്ര ബാക്ടീരിയ ഇതൊക്കെ കുറെ ജീവികളുണ്ട് ഇവയൊന്നും മരിക്കത്തില്ല കേട്ടാ ജീവികളാണ് രണ്ട് രീതിയിൽ ഗീതയിൽ പറഞ്ഞ തക്കാണ് ഒന്ന് ആത്മാവിന് നാശമില്ലെന്നും ആത്മാവാണ് നിങ്ങളെന്നും പറഞ്ഞിട്ട് ജനിച്ചവൻ മരിക്കുമെന്ന് പറയുന്നു അതെന്താണ് നിങ്ങൾ മരിക്കില്ല എന്നാണ് വേദാന്തം പറയുന്നത് ഗീത പറയുന്നത് തന്നെ നിങ്ങൾക്ക് മരണമില്ല എന്നും ഉണ്ടായിരുന്നു നാളെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് എന്നിട്ട് പറയാം ജനിച്ചതെല്ലാം മരിക്കും നിങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുന്നത് എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് ഈ ജീവികൾ ഒന്നും തന്നെ മരിക്കില്ല ഈവൻ ബാക്ടീരിയകൾ പോലും കോളനികളിൽ മരിക്കുകയില്ല അതിന് ആഹാരം നിഷേധിക്കാതിരുന്നാൽ അത് ജീവിച്ചു മൾട്ടിപ്ലൈ ചെയ്തിങ്ങനെ പോകാൻ ആ ഹൈഡ്ര ഫോർ എക്സാമ്പിൾ ഇനി ഇതിനെയൊക്കെ ലോറി കെറ്റി കൊല്ല ലോറി കെറ്റിക്കൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷേ മരണം എന്നുള്ളൊരു പ്രോഗ്രാം ഈ ജീവികളിൽ ഒന്നും തന്നെ മരണം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം വളരെ ഉയർന്ന ജീവികളിൽ മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിലുള്ള ജീവികളിൽ ആ പ്രോഗ്രാം ഇല്ല മനുഷ്യനിലുണ്ട് സെക്സിൻ്റെ കാര്യത്തിൽ എന്താണ് സെക്സ് എന്ന് പറയുന്നത് ഉയർന്ന ജീവികളുകൾ പ്രധാനപ്പെട്ട ജീവികളിലെ പ്രൊഡക്ഷനാണ് ആദ്യത്തെ മൈക്രോസ് ബാക്ടീരിയ പിന്നീട് കെമോഫ്രോഡൈറ്റ് ബൈസെക്ഷൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് സെക്ഷൽ പ്രൊഡക്ഷൻ വരുന്നത് അതൊക്കെ ഹയർ ഓർഗനിസത്തിലാണ് വരുന്നത് നമ്മളെ പോലെയൊക്കെയുള്ള മരണമൊന്നും ആദ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഇല്ല മരണമുണ്ടാവാൻ കാരണം എന്താണ് കോശവേദനത്തിന്റെ തോത് മന്തി ഭവിക്കുന്നതാണ് ടെലിമീറുകളുടെ കുറയുന്നു അതിനെ കാരണം ടെലിമെറാസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അതില്ലാതെ വരുമ്പോൾ ടെലിമെറാസ് ഉള്ള ജീവികളിൽ ഒരിക്കലും കോശവേചനത്തിന്റെ തോത് കുറയുകയോ വാർധക ഉണ്ടാവുകയോ മരിക്കുകയോ അങ്ങനെ മരിക്കാത്ത ജീവികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജനിച്ചതെല്ലാം മരിക്കും മരിച്ചതെല്ലാം ജനിക്കുന്നതൊക്കെയുള്ള കുടായ്പ്പയായങ്ങൾക്ക് കാര്യമില്ല എന്നാണ് എന്റെ അർത്ഥം ഇനി എന്നാൽ ഗീത തന്നെ ഇതിനെ തള്ളി പറയുന്നുണ്ട് എന്താ പറയാ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ വീണ്ടും ജനിക്കാൻ ഇട അതായത് നിങ്ങൾ മരിക്കുമ്പോ വേദാന്തം അനുസരിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പുണ്യം ചെയ്യല്ല പി യു എൻ വൈ എം എന്താണെന്ന് അറിയാമോ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ നമ്മളീ പോയിന്റ്സ് എല്ലോ പോയിന്റ്സ് അല്ലേ എ ടി പി സ്കോർ ഇങ്ങനെ ആയിട്ട് പറഞ്ഞു ആയിക്കോട്ടെ പ്രധാനമായിട്ടും മത മതമൂല്യങ്ങളാണ് മതമൂല്യങ്ങൾ പ്രധാനമായിട്ടും സത്യസന്ധത കരുണ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഇന്റഗ്രിറ്റി അതൊന്നും അല്ല മതമൂല്യങ്ങൾ മതമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ജപമാല കൊടുക്കുക പൂ പിന്നെ ലൈംഗിക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളെ സംബന്ധിച്ചോളം ലൈംഗിക സ്ത്രീകളെ സംബന്ധിച്ചു ചേസ്റ്റിറ്റി മെയിൻറ്റൈൻ ചെയ്യുക ചേസ്റ്റിറ്റി മെയിൻറ്റൈനിങ് മെഷീൻസ് ഉണ്ട് പുരുഷന്മാർക്ക് പ്രശ്നമില്ല പുരുഷന്മാർക്ക് എത്രയാകാം അത്ര കൂടുതൽ അനുസരിച്ച് കൂടുതൽ അഡ്വാൻറ്റേജസ് അപ്പോൾ ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പുണ്യം ചെയ്യുന്നത് അപ്പോൾ പുസ്തകം വായിക്കുക ഗീത വാങ്ങിക്കുക അല്ലെങ്കിൽ വായിച്ച് വീട്ടുവെക്കുക അല്ലെങ്കിൽ കയ്യിലെടുത്തുകൊണ്ട് നടക്കുക ഇതാണ് പുണ്യം മനസ്സിലായി ഗോഡ് ഡെലിവൻ വാങ്ങിക്കരുത് അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുണ്യം ശരിക്കും നിങ്ങൾ പുണ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ നേരെ പോയി നിങ്ങളുടെ ആത്മാവ് ലിബറേറ്റ് ചെയ്ത് പുറത്ത് പോയിട്ട് നേരെ പോയിട്ട് നിങ്ങളുടെ ചെല്ലും പരബ്രഹ്മം എന്ന് പറയുന്ന സാധനമുണ്ട് പരമാത്മാവ് അറിയാൻ അതായത് കടല് വെള്ളം എടുക്കാം ചുമ്മാ ഒരു ഉദാഹരണം പറയണം കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാം ആ വെള്ളം തിരിച്ച് തന്നെ ഒഴിക്കുക അതാണ് ഈ പരമാത്മാവ് എന്ന് പറയുന്ന പരബ്രഹ്മെന്ന് പറയുന്ന പറയുന്ന ഈ സാധനത്തിൽ നിന്ന് ഒരു സകലം സാധനമാണ് നമ്മളിൽ വന്നിരിക്കുന്നതെന്നാണ് ഈ കഥയിലുള്ളത് അത് മരിക്കുമ്പോൾ തിരിച്ചു പോകുന്നു ഇവിടെ ഇരിക്കാൻ വയ്യാതെ തിരിച്ചു പോകുന്നു അത്രയുള്ളൂ അപ്പൊ അത് ഇതും തമ്മിൽ വ്യത്യാസമില്ല ആ വെള്ളവും ഈ വെള്ളവും വെള്ളം ആണ് അതാണ് അദ്വൈതം എന്ന് പറയുന്നു രണ്ടല്ല ഒന്നാണ് രണ്ടല്ല ഒന്നെന്ന് ശങ്കരാചാര്യം മാത്രമേ പറയുന്നുള്ളൂ മാധവാചാര്യർ രണ്ടും രണ്ടാണെന്ന് പറയുന്നു വിശിഷ്ട അദ്വൈതമുണ്ട് പല പല അദ്വൈതങ്ങളുണ്ട് അദ്വൈതക്കാർക്കിടയിലുള്ള അടി കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണിത് അതുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല പല അദ്വൈതങ്ങളുണ്ട് ഈവൻ ശങ്കരൻ്റെ ശിഷ്യന്മാർക്കിടയിൽ തന്നെ ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഗുണഘടങ്ങളെ സംബന്ധിച്ച് പൊരിഞ്ഞടിയാൽ അപ്പം പലതുണ്ട് ഓട്ടെ അത് വിട്ടത് അപ്പോൾ ഇന്നത് പറഞ്ഞറിയാമോ നിങ്ങൾ കുറച്ച് പുണ്യെ ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗത്ത് പോയി നിൽക്കും സ്വർഗം അവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത് ഭൂമിയെ ചുറ്റി ഇങ്ങനെ നിൽക്കും ചണ്ടിനിലോട്ട് പോകാൻ പറ്റില്ലാന്ന് പറയും ആദ്യം അപ്പോളോ ഒക്കെ പോയി ആദ്യം ഭൂമിയെ ചുറ്റി നിൽക്കുക എന്നിട്ട് അവിടുന്ന് ഒരു റോക്കറ്റ് കത്തിച്ചാണ് ചണ്ടിലോട്ട് പോകുന്നത് അതേ കണക്ക് കുറച്ച് പുണ്യം ഒരു മീഡിയ ഒക്കെ ഒരു അറുപത് ശതമാനം പുണ്യമൊക്കെയാണ് നല്ല മത ജീവിതമൊക്കെ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇങ്ങനെ നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ വിക്ഷേപിക്കുന്ന എല്ലാ സാധനങ്ങളും കുറേ കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് തിരിച്ച് വീടില്ലേ അതേ കണക്ക് ഇതിന് സംഭവിക്കും ആത്മാവും ആത്മാവ് കുറെ കഴിഞ്ഞിട്ട് പുണ്യം ശരിക്കില്ലല്ലോ അറുപത് ശതമാനം മാർഗേ ഉള്ളൂ അതുകൊണ്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് പട്ടിപൂച്ച മനുഷ്യൻ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വീണ്ടും കയറുമെന്നാണ് പറയും അത് ഗീതയിൽ പറയുന്നുണ്ടത് കൃത്യമായിട്ട് തമാശയൊന്നും അല്ല പക്ഷെ ശരിക്കും പുണ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുനർജന്മയില്ല മോക്ഷത്തിന് വേണ്ടിയാണ് ഹിന്ദുക്കളെല്ലാം തന്നെ ഈ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു എന്താണ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നെങ്കിൽ ചേരുക അത്രേ ഉള്ളൂ പുനജന്മ ഇല്ലാത്തതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിനൊരു ഉദാഹരണം പറയാം മോശം കിട്ടിയ ഒരു സന്യാസിയാണ് നിർമ്മലാനന്ദഗിരി നിർമ്മലാനന്ദഗിരി മരിച്ചു അദ്ദേഹം ക്യാൻസറിന് മരുന്ന് കൊടുത്തിട്ട് അവസാനം ക്യാൻസർ പിടിച്ച് മരുന്നില്ലാതെ മരിച്ച ആളാണ് നിർമ്മലാനന്ദഗിരി അദ്ദേഹം മരിച്ചപ്പോ ഇദ്ദേഹത്തെ സമാധി ആവുകയാണ് ചെയ്ത് അദ്ദേഹത്തിന്റെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ അടുത്ത ദിവസം ഏതിനകത്തെങ്കിലും കയറി പറന്നു വരും മനസ്സിലായി പൂച്ച വന്നിരിക്കും നോക്കുമ്പോൾ അമ്മൂമ്മയാണ് എന്ന് നമ്മൾ പറയാറില്ലേ പൂച്ച അല്ലേ പക്ഷേ ഈ സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവിയാണ് അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തീ തീയുടെ നിറമല്ലേ കാവി എല്ലാ കാമനകളും മോഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് മൊത്തം അങ്ങ് സംഭവമായി ഡിലീറ്റ് ഹാർഡ് ഡിസ്ക് മൊത്തം ഡിലീസ് ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് അവരുള്ളത് അപ്പം അവരെന്ത് ചെയ്യും അവർ ആത്മാവ് ലിബറേറ്റ് ചെയ്തിന് ശേഷം പോയി സമാധിയാവും പരബ്രഹ്മമായിട്ട് കൂട്ടിച്ചേരും പിന്നെ തിരിച്ചു വരില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഇദ്ദേഹം മരിച്ചപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അടക്കാനായിട്ടൊരു വലിയ കുഴിയെടുത്തിട്ട് അദ്ദേഹത്തെ സിറ്റിംഗ് പോസ്റ്ററിലാണ് ഇരുത്തിട്ട് അതായത് സാധനം ഇങ്ങനെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെന്റ് ഇടുകയും ചെയ്തു അതായത് ജീർണിക്കാനും പാടില്ല ഓൾറെഡി ചെന്നു എന്നാ സങ്കല്പം പക്ഷെ എന്നാലും എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഫോട്ടോ വല്ലതും വരികയാണെങ്കിൽ പുള്ളി ഇങ്ങനെ കിടത്താതെ ഇങ്ങനെ ഇരുത്തി അടക്കി എന്നാണ് പറയുന്നത് സമാധിയാ നിങ്ങളൊക്കെ മരിച്ചു എന്നൊക്കെ പറയും പക്ഷെ പുള്ളി സമാധിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അങ്ങ് ചെന്നു ഇനിയില്ല നിങ്ങൾ മാക്സിമം സ്വർഗത്ത് വരെ ചെല്ലും സ്വർഗത്തിയെന്ന് കുറച്ച് നമ്മൾ സൂചിച്ചിട്ട് വീണ്ടും തിരിച്ചു വരും അപ്പോ ഗീത തന്നെ പറയുന്നത് എന്താണ് പുനജന്മ ഉണ്ട് അല്ലേ അപ്പോൾ ജനിച്ചതിനെല്ലാം അതായത് എല്ലാം മരിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യമില്ല തിരിച്ചു വരുന്നുണ്ട് വീണ്ടും ജനിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്താണ് മരണം അവരെ തീറിയില്ല എന്താണ് റീചാർജ് ചോദിച്ചർ പോലെ സ്വർഗ്ഗലോകത്തെ സുഖം അന്വേഷിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ വൈദികധർമ്മമനുഷ്ഠിക്കുന്നവർ ഭോഗേച്ചക്കായി വന്നു പോയി കഴിയുന്നു അങ്ങനെയാണ് ഒരു ഹിന്ദു ഫിലോസഫിയുടെ അടിസ്ഥാനം തന്നെ ഈ കർമ്മചക്രത്തിൽ നിന്ന് മോചിതമാകുക ഇങ്ങനെ നായായും നരിയായും കുലിയായും പൂച്ചയായും ഒക്കെ ജനിക്കുന്ന പൂന്താനൊക്കെ എഴുതിയിട്ടിരിക്കുന്നുണ്ടല്ലേ ആ അതിൽ രക്ഷ നേടാനായിട്ട് വെച്ചാൽ പിന്നെ ജനിക്കാനേ പാടില്ല അതെന്ന് വെച്ചാൽ ദുഃഖമാണ് മൊത്തം ദുഃഖമാണ് ഇപ്പൊ ചോദിച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ ദുഃഖം നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയേണ്ടെന്ന് ഏയ് അങ്ങനെ സംഗതി ഓർമ്മയില്ല അടുത്ത ജന്മത്തെ ദുഃഖത്തെക്കുറിച്ച് വല്ല പിടിയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനൊരു പിടിയും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആയ കുഴപ്പമല്ലേ എന്ന് വിചാരിച്ചാണ് നമ്മൾ പിന്നെ ജനിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇനി ഇതിൽ പറഞ്ഞിട്ട് ആത്മാവ് ഞാൻ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിക്കണം എന്താ സംഗതി അല്ലേ അത് തന്നെയാണ് ഒരു പ്രശ്നം കൃഷ്ണൻ പറയുന്നുണ്ട് ഒരാൾ അത്ഭുത വസ്തുപോലെ ഇവനെ കാണുന്നു മറ്റാൾ അതുപോലെ ആചരി വസ്തു പോലെ ഇവനെക്കുറിച്ച് പറയുന്നു മറ്റൊരാൾ അത്ഭുത വസ്തുപോലെ ഇവനെപ്പറ്റി കേൾക്കുന്നു നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഇത്രയൊക്കെ ആയിട്ട് ഒരുവിനും ഇവനെ അറിയുന്നില്ല അതാണ് പ്രശ്നം ആത്മാവ് എന്നൊക്കെ പറയുന്ന എന്താ സംഗതി എന്ന് ഒരാൾക്കും അറിയാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു പക്ഷെ തൊട്ടടുത്തല്ല അതിനദ്ദേഹം പറയുന്നത് അറിയാമോ ആത്മാവ് ദേഹം വിട്ടുപോകുന്നതോ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നതോ വിഷയങ്ങളെ അനുഭവിക്കുന്നതോ മൂടന്മാർ കാണുന്നില്ല പക്ഷെ ജ്ഞാനികൾ കാണുന്നു തൊട്ടുമുന്നേ പറഞ്ഞെന്താണ് ആർക്കും അറിയാൻ പറ്റില്ല ഇപ്പൊ എന്താ പറയുന്നത് മൂടന്മാർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ ജ്ഞാനികളായ കുഴപ്പമുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഗീതയുടെ മൊത്തത്തിൽ ആർക്കും എല്ലാം ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാൽ അത് വെട്ടുക ചില പിള്ളേരുണ്ടല്ലോ ഉത്തരം എഴുതുന്നത് അഞ്ചു പേര് എഴുതും ഓരോന്ന് എഴുതും അടുത്ത് വെട്ടു അടുത്ത വെട്ടു അടുത്ത വിട്ടു അവസാനം ഒരല്പസാധനം കാണുന്നു അതുപോലും ഇല്ലാത്ത അവസ്ഥ ഈ ഇതിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് തന്നെ ഒരാൾ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ശീർഷാസനം ചെയ്യുകയാണ് അപ്പൊ ശങ്കരാചാര്യരുടെയാണല്ലോ ഈ ഭജഗോവിന്ദംന്ന് പറയുന്ന സാധനം ശങ്കരാചാര്യൻ ശിഷ്യന്മാരോട് വന്നിട്ട് ഇയാളെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിത്തം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഭക്തിയിൽ പഠിത്തം കൊണ്ടൊന്നൊരു കാര്യമില്ല ഇതിനകത്താണ് കണക്ഷൻ വൈഫൈ കണക്ഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് ആർ ബിലീവിംഗ് ഇൻ നോട്ട് ട്യൂഷൻ അപ്പൊ ഇയാളോട് പറഞ്ഞത് നിങ്ങൾ എന്തായി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശീർഷാസനൊക്കെ ഭയങ്കര സംഭവമാണെന്നാണ് ഇപ്പോൾ യോഗക്കാരൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അതിനെതിരായിട്ടാണ് ശങ്കരാചാര്യർ അയാളെ കളിയാക്കുന്നത് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനെ ജനരേ ശയനം വിഹസംസാരേ ബിഹുദുഷ്ഠാരേ എന്നുള്ള നല്ല മ്യൂസിക്കലായിട്ടുള്ള വരികളാണ് അതിന് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യകാലഘട്ടത്തിൽ വാർദ്ധക്യത്തിൽ സഹായമില്ലാതെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നീ ഭക്തിയിലേക്ക് വരിക എന്നാണ് ഇതിനകത്ത് പറയുന്നതിൻ്റെ അർത്ഥം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കത്തി ചൂണ്ടി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാല നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കുക ഇല്ല കൊടുക്കില്ലേ പറയൂ കൊടുക്കും ബോധമുള്ളവരൊക്കെ കൊടുക്കും അതേ മാല നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ കൊടുക്കുന്നത് നല്ല പ്രവർത്തിയാണോ അല്ല നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മൾ എന്തേം ചെയ്യും അങ്ങനെ ഭീഷണിപ്പെടുത്തലാണ് ഈ ഭക്തിയുടെ അടിസ്ഥാനം ഭീഷണിയുടെ അല്ലെങ്കിൽ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു അത് ചവലവും വികലവുമായിരിക്കും രണ്ട് കൊതിപ്പിക്കുക എന്താണ് സ്വർഗം കൂറി അത് ഇത് നേട്ടം മാർക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് കൊതി വരുമ്പോൾ നമ്മൾ അല്ലാതെ അങ്ങ് വീണുപോകും അല്ലേ ചിലപ്പോൾ ഒരു കണ്ടില്ലെന്ന് അടിക്കും ചിലപ്പോൾ റിപ്പോർട്ടിലൊക്കെ നമ്മളങ്ങ് കണ്ണടക്കും കാര്യം എന്താണ് വി ആർ ഡിസേറസ് അല്ലേ അപ്പം ഇതിനാണ് നമ്മൾ കൊപ്പയെന്ന് പറയും കൊതി പേടി ആത്മാവിനുള്ള വിശ്വാസം അടിസ്ഥാനപരമായിട്ടൊരു കൊപ്പയെ വിശ്വാസമാണ് മനുഷ്യനെ കൊതിപ്പിച്ചും പേടിപ്പിച്ചും ഓരോ തീരുമാനങ്ങളെടുക്കാം അന്ത്യകാലഘട്ടത്തിൽ ഒരാൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അയാൾ പേടിച്ചു പോയി നല്ല ആ അർത്ഥം കത്തി കാണിച്ച് ഒരാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ ഉള്ളതിട്ടറിഞ്ഞിട്ട് പോകുന്നതോണേ ഉള്ളൂ എന്ന് വെച്ച് ഉള്ളതിട്ടറിഞ്ഞിട്ട് പോകുന്നത് മകത്തരം ആകാത്തതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ പോക്കും മകത്തരം ആവില്ല ആവും അഴിമതി നടത്താത്ത ഒരാൾ അന്ത്യകാലത്ത് അഴിമതി തുടങ്ങിക്കഴിഞ്ഞാൽ അഴിമതി ശരിയാവും മദ്യപിക്കാത്ത ഒരാൾ അന്ത്യകാലത്ത് ഓടയിൽ കിടന്നാൽ മദ്യപാനം ശരിയാകും പെണ്ണുങ്ങളോട് നന്നായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ അവസാനം ഒരു പെണ്ണുകേസിൽ പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പെണ്ണ് കേസ് നല്ല കാര്യമാകും ഇതേപോലെയൊക്കെയുള്ള നായങ്ങളാണ് ഗീതയിലും കാണാൻ കഴിയുക ഭജഗോവിന്ദം അതിൻ്റെ ഗീതയുടെ പ്രൊഡക്ഷനും ശങ്കരാചാര്യ എഴുതിയെന്നാണ് പറയുന്നത് അതിന് വലിയ തെളിവൊന്നുമില്ല പക്ഷേ ആരെഴുതിയാലും കുഴപ്പമില്ല കവിത നോക്കിയാൽ മതി ഇനി മറ്റൊരു വാദമാണ് നാസദോ വിദ്യതോ ഭാവോ ന ഭാവോ വിദ്യതേ സദ ഉഭയോരഭി ദൃഷ്ടാന്തോ സ്വനയോസ് തത്വദർശി ഗീതയുടെ സെൻട്രൽ വാദമാണ് ഇത് വേദാന്തികൾ ഉന്നയിക്കുന്ന വാദമാണ് അതായത് ഉള്ളതിന് നാശമില്ല എന്നൊരവസ്ഥയിൽ ഇല്ലാത്തതിന് ഉണ്ട് എന്നൊരവസ്ഥയില്ല എന്നാണ് അതിന്റെ പൊതുവായിട്ട് പറയാം ഉള്ളതിന് ഇല്ലാത്ത അവസ്ഥയിൽ അപ്പോ ഉള്ളത് എന്തൊക്കെയാ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഉണ്ടോ ഇല്ല ആ ഉണ്ട് പക്ഷെ ചിലപ്പം രൂപം മാറി ഇതിപ്പോ കെട്ടിടം നിങ്ങൾ തന്നെ ചിലപ്പോ പുഴുക്കള് ബാക്ടീരിയകളായിട്ടൊക്കെ അവിടെ ഇവിടെ നടക്കും പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെ ഒരു നക്ഷത്രം പൊട്ടിപ്പറിച്ച പദാർത്ഥങ്ങൾ ആണ് നമ്മളെല്ലാം നമ്മളെല്ലാം സ്റ്റാറുകളാണിത് സൂര്യനിലില്ലാത്ത ഒരു മൂലവും നമ്മളിലില്ല കാർബൺ ആയാലും ഹൈഡ്രോജൻ ആയാലും ഓക്സിജൻ ആയാലും ഇതെല്ലാം സാധനം അവിടെ നിന്ന് ഒരു സൂര്യൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ഹൃദയത്തിൽ മാത്രമേ ഇത്തരം മൂലങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ സോ വി ആർ ഓൾ സ്റ്റാർ ബെസ്റ്റ് ഓർ ഇൻഫാക്റ്റ് യു വി ആർ സ്റ്റാർ നമ്മുടെ സ്റ്റാർ ഏതാന്ന് പോലും ചോദിക്കാറില്ല നമ്മുടെ സ്റ്റാർ ഏതാ അശ്വതിയ ഭരണിമല്ലാണോ നമ്മുടെ സ്റ്റാർ നമ്മൾ തന്നെയാണ് സ്റ്റാറൊന്നുമില്ല അശ്വതി ഒരു സ്റ്റാർ എന്നല്ലേ അശ്വതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോൺസ്റ്റലേഷൻ ഇവിടെ നോക്കുമ്പോ കുതിരയുടെ മുഖം പോലെ തോന്നുന്നുണ്ട് അതിനെ അശ്വതി ഭരണി പോലെ തോന്നുന്നതിനെ ഭരണിന്ന് വിളിക്കുന്നു എന്നിട്ട് ഒരു നാള് ഭരണിയാണ് ഭരണിയെ പോലുള്ള സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു രസം ഒരു കണ്ണന്താനത്തിന്റെ വൈഫ് എന്ന് പറയുമ്പോ പറഞ്ഞോളൂ ഒരു റിലാക്സേഷൻ എന്ന് കണ്ടാൽ മതി ആളുകളൊക്കെ പറ എന്റെ നാളിതാണ് അവർ വിചാരിക്കുന്ന അവർക്ക് വേണ്ടി ഒരു നക്ഷത്രം പറന്നു എന്നൊക്കെയാണ് അവർ കരുതുന്നത് ഇങ്ങനെയൊക്കെയാണ് കരുതുന്നത് ആ പടേ അത് നമ്മുടെ വിഷയമല്ല അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലൂടെ ഉണ്ട് ഭൂമിയുണ്ട് നക്ഷത്രങ്ങൾ ഉണ്ട് ഒന്നിൽ ചിലപ്പോ അത് ചിലപ്പോൾ മാഗ്മായിട്ടായിരിക്കും ചിലപ്പോൾ അയണുപേരായിരിക്കും പക്ഷെ ഈ സാധനം ഉണ്ട് ഇതൊന്നും നശിക്കില്ല നിങ്ങളും നശിക്കില്ല നിങ്ങളിതിലും കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നല്ലോ രണ്ട് ജീവകോശമായിട്ടുണ്ടായിരുന്നു ആ ജീവകോശങ്ങളൊന്നും മയോസിസ് വഴി ലൈംഗിക കോശമായി അവിടെയും ഒരു ലൈംഗിക ക്വശനായി ഈ ലൈംഗിക വശങ്ങൾ തമ്മിൽ ഫിക്സ് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വശൻ ഉണ്ടായത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവും എങ്ങനെ പോവില്ല അത് ഇത് പറയുന്നത് മറ്റേ കഥയല്ല ഇനി ശിഖണ്ഡിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശിഖണ്ഡി അംബ അംബിക അംബാലിക എന്ന് പറയുന്ന മൂന്ന് പേരെ ഭീഷ്മരി എന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് വിചിത്ര കല്യാണം കഴിക്കാനായിട്ട് അപ്പോ ഈ വിചിത്ര എന്ന് പറയുന്ന ആൾ ആകെ മൊത്തം തീർന്നിരിക്കുന്ന കക്ഷിയാണ് ആകെ പുള്ളിക്ക് ക്ഷയരോഗം എന്ന് പറയുന്നത് ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് ഓഫ് ഓൾ ഡിസീസസ് എന്നാണ് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഡിസീസ് പണ്ട് കീഡ്സൊക്കെ മരിക്കുന്നത് ക്ഷയരോഗം വഴിയാണ് അന്നത്തെ ചെറുപ്പക്കാരൊക്കെ എനിക്ക് ക്ഷയരോഗമാണ് എന്നൊക്കെ പറയുന്നൊരു അഭിമാനപൂർവ്വം പറയുന്ന കാലഘട്ടം ഉണ്ട് അറുപതുകളിലെ മലയാള സിനിമയിലെ നായകന്മാരെല്ലാം രക്തം തുപ്പിയാണ് മരിക്കുന്നത് ഇപ്പോൾ ഓടയിൽ നിന്നില്ല പപ്പു ഫോർ എക്സാമ്പിൾ പുള്ളി മരിക്കുന്നു ആളുകളെല്ലാം ഇതായിരുന്നു സിനിമകളിലൊരു പക്ഷെ ഇന്ന് ഒരാൾക്ക് ക്ഷയമാണെന്നെങ്കിൽ എന്താ പറയും നമ്മള് ഓ അവിടെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ പോയി രണ്ട് ഗുളിയും വാങ്ങിച്ചു അങ്ങനെയാണ് നമ്മളെ ഈ ഒരു സയൻസ് എങ്ങനെയാണ് മനുഷ്യന്റെ വ്യവഹാരങ്ങളെയും ജീവിതങ്ങളെയും മാറ്റുന്നു എന്നുള്ളൊരു ഉദാഹരണ ഇന്ന് ക്ഷയരോഗം വെച്ച് പറ്റില്ല ഒരു സിനിമ നടത്താൻ പറ്റില്ല നിങ്ങൾക്ക് സിംബിയും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ പറയുന്നത് വളരെ വിചിത്രവും കോംപ്ലെക്സുമായിട്ടുള്ള ക്യാൻസറുകളാണ് അവസാന സീനിൽ നായികമെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ കാര്യം അതിപ്പോഴും നമ്മുടെ കൈ നിൽക്കാത്തത് കൊണ്ട് ക്യാൻസറിന്റെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കേട്ടോ എന്താണ് കാരണം വിഷപ്പച്ചക്കൻസ് അപ്പൊ സാലിൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഇദ്ദേഹം ഇവർക്ക് അമ്പയ്ക്ക് ബന്ധം ഉണ്ടായി അമ്പയുടെ കാമുകനായി മൂന്ന് പേരെ കല്യാണം കഴിക്കാനായിട്ട് ഇയാളെ തട്ടിക്കൊണ്ടുവന്നു ഭീഷ്മർ അപ്പൊ സാലിന്റെ അടുത്ത് തിരിച്ചു പോകണം എനിക്കൊരുങ്ങനെ ലൈൻ ഉണ്ട് എന്ന് അമ്പ പറയുമ്പോ സാലിൻ സോറി ഭീഷ്മർ പറയുന്നത് നീ പോയ്ക്കോ ബാക്കി രണ്ടെണ്ണം മതി എന്തായാലും മതിയല്ലോ നമുക്ക് അടുത്ത ജനറേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ അമ്പ അവിടെ ചെന്ന് സാലിൻ്റെ ഒക്കെ പറയും സാലിൻ പറയുന്നു ഈ ഉച്ചിഷ്ടം ഞാൻ ഭക്ഷിക്കില്ല അതാണ് ഭയങ്കര പ്രധാനം അത് പണ്ട് സകാവ് ലെനിനും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് കഴിച്ച പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കരുത് ഭയങ്കര ഇതാണ് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭയങ്കര മോറലിസ്റ്റുകളാകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാധനമുണ്ട് സ്ത്രീയെന്ന് പറയുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാലിന്യമാണെന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള മതചിന്ത തന്നെയാണ് അവിടെയുള്ളത് അപ്പോൾ ഈ സാലിനെ സാലിൻ ഇവരെ എടുക്കുന്നില്ല എടുക്കാതെ എന്ത് ചെയ്തു എവിടെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് അങ്ങോട്ട് പോകാൻ പറ്റില്ല സാലിനെടുക്കുന്നില്ല അവസാനം ഇവിടെ തീയില് തൗസ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ട് ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നാലുപേര് നിൽക്കുന്നത് ഈ കഥയൊന്നും പറയാൻ പാടില്ലാത്തതാണ് അത്രക്ക് ആധുനിക മനുഷ്യന്റെ നാഗരിക ബോധത്തിന് ചേരാത്ത കറിക്കൂട്ടുകളാണ് പല പുരാണ മത കഥകളിലും ഉള്ളത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജനിക്കുന്ന ഒരാളൊന്നുമല്ല അത് നിങ്ങളുടെ ഒരു മസ്തിഷ്ക അവസ്ഥയാണ് മനസ്സിലാക്കുക നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക അവസ്ഥയാണ് നിങ്ങളുടെ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് നോട്ട് ബിറ്റ്വീൻ എനി അതർ ഓർഗൻസ് ഓക്കെ അത് മനസ്സിലാക്കാം അപ്പോൾ ഈ അമ്പ അമ്പയാണ് ഇതായിട്ട് വരുന്നത് ശിഖണ്ഡിയായിട്ട് വരുന്നത് അപ്പോൾ ഭീഷ്മർ ഭയങ്കരമായിട്ട് തകർത്തടിക്കുകയാണ് പത്താം ദിവസമാണ് ഭീഷ്മരെ കൊല്ലുന്നത് അപ്പം ഭീഷ്മരെ കൊല്ലുന്നതിന് മുന്നേ അർജുനൊക്കെ പോയി ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കൊല്ലാൻ പറ്റുക നിങ്ങളങ്ങോട്ട് മരിക്കുന്നില്ലേ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുക അങ്ങനെ പുള്ളി പറഞ്ഞത് എന്നെ കൊല്ലാൻ പറ്റി എനിക്കറിയുന്ന ഒരു കാര്യമില്ല പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അതുപോലല്ല അവനെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് എന്നോട് യുദ്ധം ചെയ്താൽ ഞാൻ യുദ്ധം ചെയ്തു പക്ഷെ ആരാണ് അത് ആണും പെണ്ണും കേട്ടോരുത്തരുണ്ട് അവനെ പിടിച്ച് മുന്നിലെത്തി ഞാൻ യുദ്ധം ചെയ്തു ഭീഷ്മരെന്നും ഇന്നത്തെ കാലത്ത് ചെലവായി പോകുന്ന മുതലേ അല്ല പക്ഷെ എന്നാലും കഥയില് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് അർജുനൻ പുറേ നിന്നാണ് അമ്പ് ചെയ്താണ് ഭീഷ്മരെ കൊല്ലുന്നത് ഭീഷ്മർ ഉടനെ മരിക്കുന്നില്ല ഭീഷ്മര ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ട് ദിവസം കണ്ട് സ്റ്റേ ചെയ്തിട്ട് പിന്നെ സമയം നോക്കി വാച്ച് നോക്കി അങ്ങനെയാണ് പുള്ളി പോകുന്നത് കാരണം ഈ ആത്മാവ് ഇതുണ്ട് സൂര്യൻ്റെ ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ പറയാൻ സാധനമുണ്ട് അതൊക്കെ ഞാൻ പറയുന്നില്ല അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മാത്രമേ ആത്മാവൻ അവിടെ ശരിക്കും എ ഗ്രേഡ് എ പ്ലസ് ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പുള്ളി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കഥയാകുമ്പോൾ അങ്ങനെയൊക്കെ വളരെ കളർഫുൾ ആയിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഞാനെന്ന് പറയുന്നത് എന്തായാലും നിങ്ങളല്ല ഈ ശരീരമല്ല ഈ ശരീരം ഇവിടെ കിടക്കുന്ന നിങ്ങളങ്ങ് പോകും അല്ലേ കറക്റ്റ് അമ്പയുടെ ആത്മാവ് ശിഖണ്ഡിയായി വരുമ്പോൾ ശിഖണ്ഡിക്ക് മുൻജന്മത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടെന്ന് ആണല്ലോ കഥ ശിഖണ്ഡിയിലുള്ളത് അമ്പയുടെ ആത്മാവാണെങ്കിൽ അമ്പയുടെ ആത്മാവ് ആരുടേതായിരുന്നു എന്നുള്ള ചോദ്യമില്ല ശിഖണ്ഡിയിലുള്ളത് അമ്പയുടെ ആത്മാവ് ഈ അമ്പയിൽ ഇരുന്ന ആത്മാവ് അറിയാം അതിന് മുന്നേ വേറെ ഉള്ള ഒരു സാവിത്രിയോ അല്ലെ വേറെ ആരുണ്ടൊരു ആത്മാവ് അല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് തീർച്ചയായിട്ടും അമ്പയുടെ ആത്മാവല്ല പിന്നെയെങ്കിൽ അതിനെ അമ്പയുടെ ആത്മാവ് ഇങ്ങനെ വിളിക്കുന്നു അമ്പ മരിക്കുന്നു അമ്പയുടെ ആത്മാവുണ്ടല്ലോ അത് അമ്പയുടെ അല്ലല്ലോ നിങ്ങളുടെ ഇരിക്കുന്ന ആത്മാവ് നിങ്ങളുടെയാണോ അല്ല അത് വേറെ വരുന്ന ആത്മാവ് വേറൊരാളെ പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവെന്ന് കാറ്റു ഇങ്ങനെ കടന്നു പോകുന്നു നിങ്ങളുടെ വായിലൂടെ പോയി പറഞ്ഞു ഈ ഓക്സിജൻ എന്റെ ഓക്സിജൻ എന്ന് പറയാൻ പറ്റും ഞാൻ ശ്വസിച്ച ഓക്സിജൻ എന്ന് പറയാൻ പറ്റും കഥ പറയുന്നതിനുള്ള പ്രശ്നമാണിത് ഇനി അതുപോലെ തന്നെ ഇതേ സങ്കല്പനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനൻ്റെ ആത്മാവ് നാളെ വാർത്ത ആളിലേക്ക് പോകാം മരിച്ചേക്കും അല്ലേ അപ്പോൾ അർജുനൻ്റെ ആത്മാവും സർവ്വ ജീവജാലങ്ങളിലെ ആത്മാവും ഒന്ന് അങ്ങനെയാണല്ലോ അദ്വൈതം ജീവാത്മാവും പരമാത്മാവും ഒന്ന് നിങ്ങളുടെ ആത്മാവ് എൻ്റെ ആത്മാവ് ഒന്ന് പക്ഷേ ജസ്റ്റ് ഒരു വിധി വൈവിധ്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഉള്ളൂ ഡി പോലെയാണ് നിങ്ങളുടെ ഡി എൻ്റെ ഡി എൻ എല്ലാം പരമാത്മാവിന്റെ ഭാഗം സോഡിയത്തിന്റെ ഇലക്ട്രോണും കാർബൻ്റെ ഇലക്ട്രോണും ഒന്നാണ് അല്ലേ ഏതെങ്കിലും ഇലക്ട്രോൺ എടുത്ത് പറയാൻ പറ്റും ഇത് യൂറേനിയത്തിന്റെ ഇലക്ട്രോണാണ് ദോ അത് കാർബൺ ഇലക്ട്രോൺ പറയാൻ പറ്റുമോ ഇല്ല ഇലക്ട്രോണുകളെല്ലാം ഒന്ന് തന്നെയാണ് അത് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ വരുമ്പോൾ യൂറേനിയ ആവുന്നു പാറ്റണിക്കൽ പാർട്ടിക്കൽ വരുമ്പോൾ കാർബൺ ആകുന്നു അത് പാർട്ടിക്കിൾസ് അല്ല പ്രധാനം പാറ്റേൺ പ്രധാനം അല്ലേ അതിൻ്റെ അടുക്കാണ് പ്രധാനം അല്ലാതെ പാർട്ടിക്കിൾ എല്ലാം ഒന്ന് തന്നെയാണ് യൂണിവേഴ്സിലാണ് അപ്പോൾ അപ്പം പിന്നെ എന്താണ് അർജുനെന്ന് പറയുന്ന ആളാരം അർജുൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ വേറെ എങ്ങനെ ഒരു ശരീരം അപ്പൊ എന്ത് ഭീഷ്മർ എല്ലാം ഒന്നു തന്നെ അപ്പൊ കൊല്ലുന്നോണ്ട് കുഴപ്പമില്ല ശരി കൃഷ്ണൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ കൊല്ലുന്നോണ്ട് കുഴപ്പമില്ല ഞാൻ സമ്മതിച്ചു അപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കണം കൊല്ലാതിരുന്നാൽ കുഴപ്പമുണ്ട് അല്ല കൊല്ലുന്നോണ്ട് കുഴപ്പമില്ലെങ്കിൽ കൊല്ലാതിരിക്കാൻ പറ്റും എന്ന് ചോദിക്കേണ്ടി വരും അതാ ഇനി ഇത് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മണ്യ വാ വികാരസ്ഥേ മാ കർമ്മഫല കേന്ദ്രം മാതെ സംഘം ഞാൻ അത് എൻ്റെ ഒരു വാദമല്ല പക്ഷേ എന്നാലും കർമ്മത്തിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ എൻ്റെ ഫലത്തിൽ ഇച്ഛയില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫലത്തിൽ അധികാരമില്ല ഫലത്തിൽ ആർക്കും അധികാരമില്ല അപ്പം നിങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം മാറണം എന്നാഗ്രഹിക്കുക എന്നല്ല ദാഹം മാറ്റാതെ നിങ്ങളെ കൊണ്ട് പറ്റുമോ മാറിയാൽ മാറി അല്ലേ തീ ചാടിക്കഴിഞ്ഞാൽ കരിയണം കരിക്കാമെന്ന് നിങ്ങൾക്ക് പറ്റുമോ കരിയാ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങളെന്ന് ആലോചിക്കാം ഇച്ഛയില്ലാതെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു കൈ പോലും എനിക്ക് അനക്കാൻ പറ്റില്ല ഇച്ഛയില്ലാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇച്ചയില്ലാതെ ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛ ഉണ്ടാവണം എന്നാൽ നമ്മളുടെ ഇച്ഛയില്ലാതെ ഫല ഇച്ഛയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഡയാലിസിസ് ഓഫ് യുർ ബ്ലഡ് പൾസറേഷൻ ഓഫ് യുവർ ഹാർട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണെന്നൊക്കെ നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഇച്ഛയില്ലാതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ബോധം വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞ് ടാർഗറ്റഡായി മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടാർഗറ്റ് വേറെ ഫിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊന്നും പത്ത് പൈസയ്ക്ക് ഒത്തിരി പോകുന്ന കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അസിമേഴ്സൊക്കെ പിടിച്ചു കേട്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിനൊന്നും അവർക്കൊരു ബലയേച്ചയൊന്നുമില്ല അവർക്ക് ആഹാരമൊക്കെ അവർ കഴിക്കും പക്ഷെ അവർ ചെയ്യുന്നതിനൊന്നും ബലയേച്ച ഉണ്ടാവില്ല പക്ഷെ പക്ഷെ അവരെ ബ്രെയിൻ പോയ അവസ്ഥയില്ല പിന്നെ അതുപോലെ തന്നെ ഭീഷ്മരുടെ ഞാൻ പണ്ട് രാമാനന്ദ സാഗറിൻ്റെ സിനിമയിൽ ടി വി കണ്ടിരുന്നു ഈ ഭീഷ്മരെ കൊല്ലാനായിട്ട് അർജുനൻ്റെ കൈ പറയ്ക്കുമ്പോൾ കൃഷ്ണന് ഭീഷ്മരെ കൊന്നിട്ട് തല തീർപ്പിക്കുന്നു എന്നിട്ട് ദിവ്യ ജഷ്യൂസ് അർജുനന് കൊടുക്കുന്നു നോക്കടാ ഞാനിപ്പോ ഭീഷ്മെ കൊന്നു തൂ തല തോന്നി നിൽക്കുന്നു ഭീഷ്മർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ അർജുനം നോക്കുന്നത് അത് ശരിയാണ് ഇപ്പൊ ഭീഷ്മർക്ക് കുഴപ്പമൊന്നുമില്ല ഭീഷ്മർ അവിടെയുണ്ട് ശരീരം മാത്രമേ പോയുള്ളൂ അപ്പം ചോദ്യം ഇതാണ് അതേ ഞാൻ ആശികണ്ഠിയുടെ കാര്യത്തിൽ ചോദിച്ചത് അപ്പൊ ആരാണ് ഭീഷ്മർ ഭീഷ്മന്റെ ശരീരത്തിൽ നിൽക്കുന്ന ആളല്ലേ അപ്പൊ പ്രശ്നം എന്താണ് ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അർജുനൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന കാര്യം എന്താണ് ശരീരത്തെ നശിപ്പിക്കുക എല്ലാവർക്കും പ്രശ്നം എന്താണ് ശരീരത്തെ നശിപ്പിക്കാൻ പറ്റില്ല ഈ ആത്മാവെന്ന് പറയുന്ന ഈ ലുട്ടാപ്പി കഥയിലൊന്നും ആർക്കും വിശ്വാസമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കംസനെ കൃഷ്ണം കൊന്നത് കംസനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ കംസന്റെ ശരീരത്തെ അല്ലയോ ഇവിടെ ശരീരത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നതും ആണ് പ്രശ്നം എല്ലാ മനുഷ്യനും ചിന്തിക്കുന്നത് അവന്റെ ശരീരം സേവ് ചെയ്യുന്ന ശരീരം എന്ന് പറയുന്ന അവസ്ഥയുടെ ഒരു ഫലം മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഫുലതകൾ ആരും ആശുപത്രിയിൽ പോകുന്നതും നിങ്ങളെന്ത് ചെയ്യുന്നതും റോഡ് ബസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്നതും നിങ്ങൾ ആത്മാവിനെ സംരക്ഷിക്കാനോ ഡി എനെ സംരക്ഷിക്കാനോ ഒന്നല്ല ശരീരം അത് മാത്രമാണ് എല്ലാവരും ബ്ലഡി മെറ്റീരിയലിസ്റ്റുകളാണ് ഒരൊറ്റ ശതമാനം പോലും മറിച്ചൊരു ചിന്ത ബോധമുള്ള ആർക്കും ഒരു കാലത്തും ഉണ്ടാവുന്നില്ല അൽസിമേസ് പിടിക്കുകയോ ഉളമ്പാറയിലൊക്കെ പോവുകയാണെങ്കിൽ ധാരണ മാറാൻ സാധ്യതയുണ്ട് അല്ലാതെ ആർക്കും കുഴപ്പമില്ല ഇനി അതേപോലെ തന്നെയാണ് ഇപ്പോൾ ദുശാസനൻ ഭീമനെ കൊല്ലുന്നു ം പറഞ്ഞ് വരുമ്പോ രണ്ട് ഒന്ന് ചോദ്യം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ നോട്ട് നൂറ് രൂപയുടെ നോട്ട് ആയിരം രൂപയുടെ നോട്ട് കണ്ടു നമ്മുടെ അണ്ണൻ നിരോധിച്ച നോട്ടാണ് ഈ നോട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന നോട്ട് എന്റെ നോട്ടാണോ ഇല്ല അത് എനിക്ക് ഹോട്ടലിൽ നിന്ന് അതോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആത്മാവ് ഇങ്ങനെയാണ് അപ്പൊ ആരമാ ശരീരത്തിന്റെ കാര്യത്തില് ആറാം അധ്യായത്തിലുണ്ട് ഉത്തരേത് ആത്മനാത്മനം ആത്മനാവസാദ്ധു ആത്മൈപരിപുരാത്മ എന്ന് പറയുന്ന ഒരു വരിയുണ്ട് നല്ല വളരെ നല്ലൊരു വരിയാണ് ഇത് ബുദ്ധ സാഹിത്യത്തിൽ വരുന്ന ഒരു സാധനത്തിന്റെ റെപ്യറ്റേഷനാണ് ഇനി അദ്ദേഹം പറയുന്നത് നിങ്ങൾ സ്വയം ഉദ്ധരിക്കുക നിന്റെ ബന്ധു എന്ന് പറയുന്നത് നീ തന്നെയാണ് നിന്റെ ശത്രു എന്ന് പറയുന്നത് നീ തന്നെയാണ് ഒരു കൗൺസിലിംഗ് സാധനമാണ് അപ്പോൾ അവിടെ സ്വയം ഉദ്ധരിക്കുകയെന്ന് പറയുമ്പോൾ ശരിക്കും ആത്മാവനെ ഉദ്ധരിക്കുക വരേണ്ടത് പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് കൈ ഉദ്ധരിക്കുന്നത് എങ്ങനെയാണ് പ്ലാസ്റ്റിട്ടാണ് നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് നിങ്ങൾ സ്വയം ഉദ്ധരിക്കുന്നത് എങ്ങനെയാണ് ഇതേ കൗൺസിലിംഗ് എല്ലാ സാധനത്താണ് വിശക്കുമ്പോൾ നിങ്ങളെങ്ങനെ സ്വയം ഉദ്ധരിക്കുന്നത് ആഹാരം കഴിച്ച് താഴ്ക്കുമ്പോഴോ എല്ലാം കുടിച്ചു യഥാർത്ഥത്തിൽ എല്ലാവരും സ്വയം ഉദ്ധരിക്കുന്ന പറഞ്ഞാൽ ശരീരത്തെ ആ രാസപ്രവർത്തന ശൃംഖല നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഫുൾ ഓഫ് കെമിക്കൽസ് ആണ് കെമിക്കൽ അല്ലാതെ ഒന്നുമില്ലേക്കിങ്ങനെ ജൈവ കൃഷിക്കാര് പറയുന്നത് നല്ലാതെ വേറെ ഒരു സാധനം ആ സാധനത്തെ സ്റ്റഡി ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് അൺസ്റ്റഡി റിയാക്ഷൻസിനെ നിങ്ങൾ ചെയ്യുന്നത് സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അവിടെയും ശരീരമാണ് പ്രധാനം ശരീരം നശിക്കുന്നതാണ് അർജുനനും പ്രശ്നം നമ്മൾ നാട്ടിലൊക്കെ പറയാനുള്ളത് എൻ്റെ ദേഹം നന്ദാലും കുഴപ്പമില്ല എൻ്റെ ശരീരം നന്ദി എൻ്റെ ഇതാണ് പ്രശ്നം യാത്ര എന്നൊക്കെ പറയുമ്പോഴും സംഗതി ഇതുതന്നെയാണ് ഇതൊക്കെ കേട്ട് കേട്ട് അർജുനൻ്റെ സിസ്റ്റം ഹാങ് ആയിപ്പോന്നാണ് അവസരം നമ്മൾ കാണുന്നത് ഉള്ളി പറയുന്നത് എന്താണ് വ്യാമിശ്രേണവാക്യന ബുദ്ധിമോഹിമേ അതായത് നീ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് എന്റെ ബുദ്ധി അങ്ങ് ഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു ഭക്തനായതുകൊണ്ട് പറയുകയാണെ ഭ്രമിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഏതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ് അത് മാത്രം നീ ഏതെങ്കിലും ഒരു കാര്യം പറ ഞാൻ എൻ്റെ ഒരു അദ്ധ്യായത്തിലെ ബുധനേന്ദ്ര അല്ലാത്തൊരു അദ്ദേഹത്തിന് പേര് തന്നെ ഇതാണ് അതായത് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അർജുനൻ സ്വർഗത്തില്ല അന്നേരം കൃഷ്ണൻ അപ്പുറത്ത് അവിടെ ഉണ്ട് സ്വർഗത്തല്ല ജില്ലെന്ന് അറിയിച്ചാൽ അത് ഞാൻ അറിയത്തില്ല പോകുന്നത് അത് കോട്ടെ ദുര്യോധനാണ് സ്വർഗത്ത് പോകുന്നത് അപ്പം പുള്ളി ഈ യുദ്ധത്തിനിടയിൽ ഈ ആർമിയുടെ ഇടയിൽ ബഹളത്തിനിടയിൽ എഴുന്നൂറ് ശ്ലോകമൊന്നും കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണ് മനുഷ്യന് സാധിക്കില്ല അത്രയും കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ചുമ്മാ അവർ ജസ്റ്റ് കുറേ ഫോർ എടുക്കാം അപ്പോൾ ഇദ്ദേഹം സ്വർഗത്തിൽ പറയുന്നു ഇതിൻ്റെ മുഴുവൻ ഭൂമിയിൽ നിന്ന് വിളിച്ചു വരുന്നു വായിക്കാതിരിക്കുന്ന ഗീതകളൊക്കെ ഒരുപാടുണ്ടല്ലോ ഗീത വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹം സ്വർഗത്തിരുന്ന് വായിക്കണം പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു ഈ ദൈവങ്ങളും ഒക്കെ ഒരു അവർക്ക് ഒരു ലാംഗ്വേജ് അറിയാം അത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കൂടെ വേണം നമുക്ക് രണ്ട് മൂന്ന് ലാംഗ്വേജ് ഒക്കെ അറ്റ്ലീസ് അറിയാം ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നവർക്ക് മലയാളം കുറച്ചു തമിഴും കുറച്ച് ഹിന്ദി ഒക്കെ അറിയും എല്ലാ ദൈവങ്ങൾക്കും ഒരു പഞ്ചായത്ത് ലാംഗ്വേജ് മാത്രമേ അറിയാം അതിപ്പോൾ അറബാ അറബായാലും കൊള്ളാം സംസ്കൃതമായാലും കൊള്ളാം അത് നന്നായിട്ട് ഉച്ചരിച്ചില്ല പിടിയിട്ട് പോലും ഇല്ല മന്ത്രങ്ങളൊക്കെ എച്ച് പിള്ളിങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഉച്ചാരണ ശരിയല്ലെങ്കിലും അതിന് ഫലം ഉണ്ടാവില്ല കാര്യം വെച്ചാൽ പുള്ളിക്ക് പിടിയിട്ടുണ്ടേ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ പുള്ളി ഇതെല്ലാം വരുത്തിയിട്ട് സംസ്കൃതിയിൽ തന്നെ വായിച്ചു വായിച്ചിട്ട് ചുള്ളി വായിച്ചിട്ട് ഇതൊന്നും ഇത് പറയുന്നു തെക്ക് വടക്ക് പറയുന്നു ഇത് പറയുന്നത് ദൈവം ഒന്നാണെന്ന് പറയുന്നത് രണ്ടാന്ന് പറയുന്നത് മൂന്നാണ് ദ്വൈതമുണ്ട് അദ്വൈതമുണ്ട് ആത്മാവ് കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല ഇതെല്ലാരണം വെച്ച് ഒറ്റ വരി കത്ത് അദ്ദേഹം കൃഷ്ണൻ എഴുതിയായിട്ടാണ് പറയപ്പെടുന്നത് അതായത് ഡിയർ കൃഷ്ണൻ ഗീത മുഴുവൻ വായിച്ചു എന്തു വേരും ഒറ്റ വരി കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് പതിനെട്ട് അവസാന അധ്യായത്തിൽ വരുന്ന കത്തം പറയുന്നുണ്ട് എന്റെ മുഴുവൻ ഭക്തന്മാരുടെ അതായത് സർവധർമ്മും പരിധിച്ച് എന്നിലേക്ക് വരിക ഞാൻ ആരാ പരമാരാ ജീവാത്മാവ് നീ തുള്ളി ഞാൻ സമുദ്രം അതാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോ ശബരിമലയിലൊക്കെ കാണുന്നല്ലോ തത്ത് മസീന്ന് എഴുതി വെച്ചായിരിക്കുന്നു എന്തിനാണ് അവിടെ പോയത് അവിടെ ചിലപ്പോൾ തത്ത് എഴുതി വെച്ചെന്ന് വെച്ചാൽ അത് നീ തന്നെ എന്നാണ് എൻ്റെ അർത്ഥം അതിനാണിവിടുന്ന് ടെക്സിയൊക്കെ അടിച്ചു വളരെ കിറ്റായിട്ട് വൈകുന്നേരം വണ്ടിയും പിടിച്ച് പോയി അവിടെ കൊണ്ടുവന്ന് അവിടെ ചിലപ്പോൾ അത് നീ തന്നെ അപ്പം ഇവിടെ കാര്യമില്ലല്ലോ എന്നാലും പോയേക്കാം എല്ലാം ഒരു തമാശയില്ലേ എങ്ങനെയും ജീവിക്കേണ്ട മനുഷ്യൻ അപ്പോൾ ഇതാണ് ചോദ്യം സർവധർമ്മ നീ എന്നിലേക്ക് വരാൻ നീ ഞാൻ തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറയുന്നു ഞാൻ നീ ആണെന്ന് പറയുന്നു പരമാത്മാവും ജീവാത്മാതിൽ വ്യത്യാസമില്ലല്ലോ ഉണ്ടാവാൻ പാടില്ലല്ലോ ആ അത് പറയണം പറഞ്ഞു അതൊക്കെയുള്ള വരികൾ ഒരുപാടുണ്ട് മന്മനാ മവക്ത മധ്യാജി മദ്യം കഴിക്കണമെന്നല്ല മധ്യാജി മാം നമസ്കുരു എന്നെ നമസ്കരിക്കാൻ മാമേ വൈശ്യ സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ ഞാനാണ് സത്യം ഇത് പറയാത്ത ഒറ്റ ദൈവവും ലോകത്തുണ്ടായിട്ടില്ല ജീവിക്കുന്നുമില്ല ഇനി വരുന്ന ദൈവങ്ങൾ ഇത് പറയും ഞാനാണ് ആത്യന്തിക സത്യം അത് ക്രിസ്തു ആയാലും കൊള്ളാം അള്ളാഹോ എല്ലാരും പറയുന്ന ഒറ്റ വാക്കാണ് അന്യ ടീമുകളും വ്യാജന്മാരെ അനുകരിക്കരുത് ഞാനാണ് അർത്ഥം ഇനി ഒരു കാര്യം കൂടെ പറയാം ഓക്കെ ഈ പുനരന്മത്തെ കുറിച്ച് ആത്മാവ് എങ്ങനെ ജനിക്കുന്നുള്ളതിനെ കുറിച്ച് ഗീത പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ എങ്ങനെയാ നിങ്ങൾ ജനിക്ക അപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് പഠിച്ചോണ്ടിരിക്കുകൾ എം സി സ്ക്വയർ ഭയങ്കരമായിട്ട് പഠിത്തം നിങ്ങൾ പഠിത്തോണ്ടിരുന്ന ഇങ്ങനെ അങ്ങ് അറിയാം ആത്മാവ് പോവുക അടുത്ത പഠിത്തക്കാരനായിട്ട് ചിരിക്കും ഇതാണ് ഗീത പറയുന്നത് ഗീത കൃത്യമായി പറയുന്ന സാധനം നിങ്ങൾക്ക് അതാണ് വായിക്കാത്ത ഏ മരണ സമയത്ത് പണ്ടൊരു നാരായണന്റെ കഥയുണ്ട് ഏതോ ഒരാളുടെ പേര് നാരായണെന്ന് പേരിട്ടോ അയാൾ ഭയങ്കര ബ്ലഡി എത്തിയിട്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു അയാൾ അറിയാതെ ഒരു മോന് നാരായണെന്ന് പേരിട്ടു നാരായണ എന്ന് പറയുന്ന കോടിനേമാണ് വിഷ്ണുവിന്റെ കോടിനേ അപ്പോ ഇയാൾ അവസാനം ഈ നിരീക്ഷണവാദികളെല്ലാം പുഴുത്തേ മരിക്കല്ലോ ബാക്കി വിശ്വാസികളൊക്കെ ആർ സി സി ലെ കിടന്ന് വളരെ ഐഡിയൽ ആയിട്ട് മരിക്കും അപ്പൊ അപ്പൊ ഇയാള് മരിക്കാൻ പോവാ വെള്ളം കൊടുക്കാൻ ആരുമില്ല അങ്ങനെയാണല്ലോ വെള്ളം അവിടെ ആരെങ്കിലും മരിക്കാൻ കിടക്കാണെ പഞ്ചായത്ത് പിന്നെ വെള്ളം കാണില്ല അപ്പൊ ഇയാൾ എന്ത് ആരും വെള്ളം കൊടുക്കാമല്ലോ അവസാനം വിളിച്ചു നാരായണ നാരായണ ഇളയ മോന്റെ പേരാ ഏഹ് അജാമണന്റെ കഥ അതെ അല്ലേ അപ്പൊ ഈ നാരായണ നാരായണ എന്ന് വിളിച്ചു എന്നാലും ഉടനെ വിഷ്ണു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റേ ആ സമുദ്രത്തിൽ തളർന്ന് കിടക്കുന്ന ആ വ്യക്തി കാലൊക്കെ തടയി കൊടുക്കുന്ന ഞാൻ അതേ ഉടനെ കിട്ടും ആരോ എന്റെ പേര് വിളിക്കുന്നതല്ലോ എന്നാൽ അവനെ അവൻ്റെ മുഴുവൻ പേപ്പറും വിസയെല്ലാം അടിച്ച് ശരിയാക്കണം അങ്ങനെ ഇവർ മോശം കിട്ടി എന്നാണ് പറയുന്നത് ഞാൻ അറിയാതെ മോൻ്റെ പേരാണ് നാരായണൻ മനസ്സിലായേ നാരായണൻ എന്നുള്ള അറിയാതെ പേര് വിളിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് മോശം അതുകൊണ്ട് മക്കൾക്ക് നാരായണൻ വിഷ്ണു ശിവൻ എന്നൊക്കെ ഓരോരുത്തർ പേരിടുന്നത് ഇതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും പക്ഷെ സംഗതി ഇതാണ് പക്ഷെ പലർക്കും അറിയില്ല ഇങ്ങനെയൊക്കെയാണെന്ന് മൂത്തം മോന്റെ ശിവൻ എന്ന് പറയുമ്പോൾ ശിവ എന്റെ ശിവ ഞാൻ തമാശയെ അല്ല പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഭക്തി വിശ്വാസം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ചവളാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ പറയുന്നത് ഇനി ഇദ്ദേഹം മരണസമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ട് ആര് പോകുന്നു അവൻ എന്നെ പ്രാപിക്കും പുനജന്മയില്ല നായാവില്ല നരി ആവില്ല ബാക്ടീരിയ ആവില്ല കോളിഫോം ഒന്നും ആവില്ല അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ അതായത് ഏതേത് ഭാവം സ്മരിച്ചുകൊണ്ട് ശരീരം വിടുന്നുവോ എപ്പോഴും തന്മയെ ആ ഭാവത്തെ തന്നെ നീ പ്രാപിക്കുന്നു ഞാനിതാണ് പറഞ്ഞങ്ങള് പഠിച്ചോണ്ടിരുന്നു മരിച്ചാൽ പഠിപ്പിച്ച അതേസമയം നിങ്ങൾ സിനിമ കണ്ടോണ്ടിരുന്നാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഓരോന്ന് ചെയ്തിട്ട് ആ സമയത്ത് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ചു വല്ല രക്ഷ ഉണ്ടോ ഇതൊക്കെ ഭയങ്കര ഈ ഐ എസ് ചെന്ന് വീഴുന്ന അവസാനത്തെ സാധനമാണ് വേദാന്തം എന്താണല്ലേ ജീവിതാന്ത്യം വേദാന്ത്യം എത്ര പഠിച്ചിട്ട് അവസാനം ഇതിനകത്ത് വരുമെന്നാ പറയുന്നത് അങ്ങനെ ഇതാണ് കേട്ടോ ഇനി ആത്മാവ് എങ്ങനെയാ പോകുന്ന ചോദിച്ചാൽ ആത്മാവ് ഈ കാറ്റ് എങ്ങനെയാണോ പുഷ്പങ്ങളിൽ നിന്ന് സുഗന്ധം നുകർന്നുകൊണ്ട് പോകുന്നത് അതേപോലെ നിങ്ങളിൽ ആത്മാവ് കയറിയിട്ട് നിങ്ങളുടെ മുഴുവൻ സാധനം സോഫ്റ്റ്വെയറിൽ എടുത്ത് തിരിച്ചു വന്നിട്ട് വേറൊരു കയറും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഇരുന്നവന്റെ സാരി ഓർക്കാൻ കഴിയണ്ടേ ഓർക്കുന്നില്ലേ ഒന്നും ഓർക്കുമോക്കെ ഇല്ല ഗീത പറയാൻ അങ്ങനെ ഓർക്കാൻ പറ്റുന്ന ഇനി അവസാനത്തെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനുർഭവടുത്ത എന്റെ ഒരാൾ പറഞ്ഞു ഓ സംഭവി യുഗേ യുഗേ സംഭവിക്കാൻ ഉള്ളത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനല്ലല്ലോ എന്റെ അർത്ഥം ഏഹ് അങ്ങനല്ലോ എന്തെൻ്റെ അർത്ഥം യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിത്ഭവതി ഭാരത അഭ്യുത്ഥാനംഘം പരിത്രാണായ സാധുനാശയ ചതു ധർമ്മ സംസ്ഥാന അതായത് ഈ കൃഷ്ണൻ പറയുന്നത് ഞാൻ ആത്മാവ് ഞാൻ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ജീവിയായിട്ട് ഓരോ മനുഷ്യനായിട്ട് അവതരിക്കും എന്നാ പറയുന്നത് നിങ്ങളൊരവതാരം തന്നെയാണ് ഹിന്ദു ഫിലോസഫി അനുസരിച്ച് നിങ്ങളൊരവതാരം നിങ്ങൾ ചിലപ്പോൾ ദൃഷ്ടിജ്ഞൻ്റെ അവതാരമായിരിക്കും അത് എഴുതാൻ പറ്റത്തില്ലെങ്കിലും പറയാൻ എളുപ്പമാണ് ഏ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സാവിത്രിയുടെ ശീലാവതിയുടെ അന്ന് കളഞ്ഞിട്ട് പോയ സാധനമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളത് അപ്പോൾ എല്ലാവരും അവതാരമാണ് യുഗേ യുഗെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഈ ആത്മാവ് പല രീതിയിൽ അവതരിക്കുമെന്നാണ് ഈ ഇതിനകത്ത് പറയുന്നത് അപ്പം മൊത്തം കുറേ ആത്മാവ് ഉണ്ടാവും ഒരു ഒരു കോടി ആത്മാവുണ്ടെങ്കിൽ എത്ര മനുഷ്യണ്ടാവും പിന്നെ എല്ലാ കാലത്തും ഒരു കോടി മനുഷ്യണ്ടാവും അല്ല അല്ല അങ്ങനെയല്ല അവർ ഒരു കോടി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആത്മാവ് ബാക്കിയുണ്ടോ ആത്മാവ് കണക്കുണ്ടോ ഇല്ലേ പിന്നെ ഇങ്ങനെ പുനർജനിക്കുന്നു ഇപ്പം പത്ത് പേര് ഇതിനകത്തുണ്ട് ഈ പത്ത് പേര് പുറത്തു പോയിട്ട് പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ല പത്ത് പേര് മരിച്ചു വീണു അവർ ആത്മാവ് പത്ത് പേരിൽ കയറി പത്ത് പത്ത് കറക്റ്റ് അല്ലേ ഇതിപ്പോൾ അങ്ങനെയാണോ ലോക ജനസംഖ്യ ആദ്യമായിട്ട് നൂറ് കോടി കിടന്നത് ആയിരത്തി എണ്ണൂറ്റി അത് ഇരുന്നൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായി അറുപത്തി ഒമ്പതിൽ മുന്നൂറ് കോടി ആയി എൺപതിലാണ് നാനൂറ് കോടി ആയത് തൊണ്ണൂറിലന്നൂറ് കോടി ആയി അറുന്നൂറ് കോടി ആയ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടായപ്പോൾ എഴുന്നൂറ് കോടി ആയപ്പോൾ എഴുന്നൂറ്റമ്പത് കോടി ഉണ്ട് ലോക ജനസംഖ്യ മുഴുവൻ ഉണ്ടായത് കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം കൊണ്ട് കാര്യം എന്താണ് പൊങ്കാലോ സയൻസ് ആൻഡ് മെഡിസിൻ ആരോഗ്യം ഗതാഗതം വാക്സിൻ അങ്ങനെ ഒരുപാട് സാധനം അങ്ങനെയാണ് ഏഴര ഇരട്ടിയായിട്ട് ലോകജനസംഖ്യ കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം കൊണ്ട് മാറിയത് സയൻസ് എന്ന് പറയുന്നത് ചിന്താഗതി അപ്പോൾ ഈ ആത്മാക്കളുടെ എണ്ണം ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു അപ്പോൾ കഴിഞ്ഞ വെറുതെ ഇതിൽ നമുക്ക് പറയാം കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി ആത്മാക്കളുടെ റെക്കോർഡ് ഉൽപാദനം ആത്മാക്കളുടെ എണ്ണം എട്ട് ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി ഇനി അതിനൊരു ഉദാഹരണം ഈ എങ്ങനെയാണ് പുനർജനിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്നു നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ അല്ലെങ്കിൽ ഒരു ഓക്കെ ചേട്ടൻ ഓക്കെ റൈറ്റ് നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഗീത പറയുന്നുണ്ട് നിങ്ങളുടെ പഴയ ഈ ആത്മാവ് വരുന്നതല്ലോ വേറെ ഒരു ആരെങ്കിലും ഒരു മഹാമോശരാളായിരിക്കും അയാൾ ചെയ്തേക്കാൻ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ പഠിക്കുമ്പോഴൊന്നും മനസ്സിലാതിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പമില്ല നിങ്ങൾ അനുഭവിക്കുന്നതല്ല നിങ്ങളെ തൊട്ട് മുന്നേ ആത്മാവ് ആരുടെ ബോഡിയിലായിരുന്നോ അയാളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കർമ്മഫലം ആരനുഭവിക്കും ആ അതിനടുത്ത് കൊടുക്ക ഇത് നിങ്ങൾ അനുഭവിച്ചു തീർന്നില്ലെങ്കിലും ഇതും ബാലൻസ് എല്ലാം കൂടെ വലിയൊരു ലിസ്റ്റായിട്ടായിരിക്കും അടുത്ത പോകുന്നത് അപ്പൊ ആദ്യത്തെ കർമ്മഫലം ആരുടെയാണ് ആദ്യം ജീവിയില്ലോ ഇപ്പൊ സൈനോ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ഉണ്ടാകും ഈ ആദ്യത്തെ ബാക്ടീരിയയുടെ കർമ്മഫല എവിടെ നിന്ന് കിട്ടി ബാക്ടീരിയൊക്കെ ബാക്ടീരിയൽ വളരെ അഴുക്ക ബാക്ടീരിയൽ അവിടെ ഒരു ഹോട്ടലില് നിങ്ങളിപ്പോ ഉള്ള മൂന്നാല് ചെറുപ്പക്കാര് പോയി മുറിയെടുക്കാനായിട്ട് ചെന്നു നിങ്ങളെല്ലാം ഭയങ്കര ആഷ്പുഷ് ടീമുകളാണ് പക്ഷെ അഞ്ച് പൈസ ചെലവഴിക്കാൻ താല്പര്യമില്ല അതാണല്ലോ ആഷ്പുഷ് ടീമുകളുടെ ഒരു പ്രധാനം അപ്പൊ അവിടെ ചെന്ന് ആ ഹോട്ടലിൽ ഹോട്ടൽ പുണ്യം എൻ്റെ ഞാൻ അഡ്രസ്സ് തരാം അപ്പോൾ അവിടെ ചെന്ന് നിങ്ങളെ റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞു വരൂ വരൂ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഉണ്ട് സാധനം വൈഫൈ കണക്ഷൻ ഉണ്ട് മൊബൈൽ ഫോൺ അങ്ങോട്ട് വരും എല്ലാം തരും പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ എന്തൊക്കെ ഇവിടെ ചിലവിട്ടാലും നിങ്ങളതിന് പൈസ കൊടുക്കേണ്ടിയില്ല എല്ലാ സൗജന്യമാണ് ചോദിച്ചത് ഒന്നുകൂടെ നോക്കേ വിശ്വാസം വരുന്നില്ല ഏതായാലല്ല സൗജന്യമാണ് അവർ വീണ്ടും ഒന്ന് ഒരുമിച്ച് കൂടി അത്രത്തോടെ മാറിട്ട് എൻ്റെ ഇതിൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനായിരിക്കും എന്ത് ഇത്രയും വെച്ചിട്ട് സൗജന്യം അവരെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഭയങ്കര യുക്തിവാദം എങ്ങനെയവർ നടത്തിക്കൊണ്ട് പോയി ഇങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം വന്നേ പറ്റിട്ട് സൗജന്യമാണെന്ന് പറഞ്ഞു വീണ്ടും വന്നിരിക്കും സൗജന്യം തന്നെ ആണല്ലോ ഞങ്ങൾ എന്ത് പറ്റിയാലും ഞങ്ങൾ എന്ത് ചെയ്താലും സൗജന്യം സൗജന്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അവരെ അടിപ്പിച്ചു അരമണിക്കൂർ മുറിയെടുക്കാതിരുന്നവര് അഞ്ചു വസത്തേക്ക് റൂം ബുക്ക് ചെയ്ത് ആടിച്ചു പോടിച്ചു എ സി എല്ലാം ഇവിടെ ഇറങ്ങി പോരാന്നേരം എന്താ അവര് റിസപ്ഷനിച്ച് നേരം ആള് പറഞ്ഞു ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്ന സ്റ്റേ നന്നായില്ലേ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവോ കൊഴപ്പോന്നുമില്ല ആ എന്നാ എന്നാ എന്ന് പറഞ്ഞ രസീതും കൊടുത്തരും ബില്ലും കൊടുത്തരും അൻപത് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപേ ഇത് എന്താ നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നിനും ചാർജ് ചെയ്യില്ല എല്ലാം ഫ്രീ ആണോ ഇല്ല ചാർജ് ചെയ്യത്തില്ല ഇത് നിങ്ങളുടെ മുൻഗാമികൾ ഇവിടെ വന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അവർ വന്നിവിടെ തങ്ങേൻ്റെ ചിലവാണ് ഇതിന്റെ ബില്ല് ഇനി നിങ്ങളുടെ ചിലവ് നിങ്ങൾ ഇപ്പോൾ ചെയ്തതിലേക്കുണ്ടല്ലോ അത് നിങ്ങളുടെ മക്കളായിരുന്നു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതാണ് ആത്മാവ് ദേഹം മാറി തലമുറ മാറി പുനരുജനിക്കുന്നു എന്ന് പറയുന്ന വേദാന്ത ഗീത കഥയെ ഇതുമായിട്ട് മാത്രമേ താരതമ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ ബോധം ഞാൻ അഞ്ചു മിനിറ്റിലോട്ട് നിർത്താം നിങ്ങളുടെ ബോധം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ തോന്നൽ വരുന്നത് നിങ്ങളുടെ മസ്തിഷ്ക പ്രവർത്തനം കൊണ്ടാണ് മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് ഞാൻ നൂറുകണക്കിന് വേദികളിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരനുഭവമാണ് ബോധം പലതരം ബോധങ്ങളുണ്ട് സ്വയംബോധം എന്ന് പറയുന്ന ബോധമുണ്ട് അതായത് നിങ്ങളാണ് ഇപ്പം ഞാൻ എൻ്റെ ശരീരം മൊത്തം എൻ്റെയാണെന്നൊരു ധാരണ എനിക്കുണ്ട് അതാണ് സ്വയംബോധം ഇനി അല്ലാതെ ബോധമുണ്ട് നിങ്ങളുടെ വായിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ വയറിലേക്ക് പോകും അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് ഡൈജസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലായിട്ട് ഇജക്ട് ചെയ്യും ഇതൊക്കെ ശരീരത്തിൻ്റെ ബോധമാണ് പൊതുബോധമാണ് സ്വയംബോധം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ബോധത്തിന് വിവിധ തലങ്ങളുണ്ട് അത് ഫ്രോയിഡ് പറയുന്നതിനുള്ള കെട്ടുകഥകൾ ഈഗോയും ഈദും അങ്ങനെയുള്ള സാധനമൊന്നും അല്ല അതൊക്കെ വെറും ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്ന കഥകളാണ് അതിന് സയൻസുമായി ഒരു ബന്ധമില്ല പക്ഷേ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് വെച്ചാണ് എത്രമാത്രം ആക്ടിവിറ്റീസ് ഒരു ഘട്ടത്തിൽ നടക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഓർമ്മ വിവേചനശേഷി ഫ്രണ്ടൽ കോട്ടക്സ് ഇതൊക്കെ അവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ബോധത്തിൻ്റെ വിവിധ തലങ്ങൾ പറയുന്നത് നിങ്ങൾ പഞ്ചസാര എത്ര പൊടിച്ചാലും ഓരോ തരെയും മധുരിക്കും പക്ഷേ നമ്മളുടെ സ്വത്വബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അതാണല്ലോ ആത്മാവെന്ന് നമുക്ക് തോന്നുന്നത് വിഭജിച്ചാൽ സ്വത്വം തന്നെ ഇല്ലാതെയാണ് അതാണ് അതിൻ്റെ രസം അഹംബോധം എന്നൊക്കെ പറയുന്നത് മസ്ജിദ് നാടീതല പ്രവർത്തനങ്ങളെ സംഘാടനം മൂലം ഉരുത്തിരിക്കുന്ന എമർജൻറ് പ്രോപ്പർട്ടി എന്താണ് എമർജൻറ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജനൊരു ഗ്യാസ് ആണ് ഓക്സിജനൊരു ഗ്യാസ് ആണ് ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് വാട്ടർ മുകളിലുള്ളിൽ കിട്ടുന്നു വെള്ളം വെള്ളത്തോ ഈ വെള്ളത്തോ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഉള്ളതല്ല ഓക്സിജനും ഉള്ളതല്ല പക്ഷേ വെള്ളത്തിനുള്ളത് വെള്ളത്തോ ആണ് വെള്ളത്തിന് എങ്ങനെയാണ് വെള്ളത്തോ ഉണ്ടായതെന്ന് പറഞ്ഞാൽ വെള്ളത്വം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒരു എമർജൻ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ ബോധം എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന അനുഭവങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങൾക്കൊരു ക്ലോറോഫോം നിങ്ങൾ മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പോവും ആത്മാവ് അപ്പോഴേ വടിയാവും ക്ലോറോഫോം മണപ്പിച്ചുകഴിഞ്ഞു ആത്മാവിനെ കത്തിക്കാനും ഒന്നും പറ്റത്തില്ലെങ്കിലും ഇത്തരം മരുന്നുകളെ ദി ജെനിസിസ് ഓഫ് ആഹ് എന്താണ് ഞാൻ എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവും അതാണല്ലോ പറഞ്ഞത് ആരാണ് ഞാൻ എന്നുള്ള പപ്പുവിൻ്റെ ഇത് ഞാൻ ആദ്യം കാണിച്ചു ഇപ്പം ഞാനത് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ ഞാൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു മസ്തിഷ്ക കേൾവി എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക ഇങ്ങനെ പല പല മസ്തിഷ്ക വെച്ചാണ് നിങ്ങൾ അതിജീവിക്കുന്നത് അതേപോലെ ഒരു ശേഷിയാണ് ഞാൻ എന്നുള്ള ബോധം ഈ ഞാൻ എന്നുള്ള ബോധം ഓർഗനിസംസിനെ അതിജീവനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ അങ്ങനെയുള്ള ഓർഗനിസംസ് കൂടുതലായി പരിണാമത്തിൽ അതിജീവിക്കുന്നു അതെങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് മെമ്മറി വൈസ് ആണ് ഏകത അതായത് നിറഞ്ഞൊഴുകുന്ന വ്യത്യസ്ത ഇന്ദ്രിയാനുഭവങ്ങളുടെ മഹാപ്രളയത്തിലും നിമിഷം തോറും മുങ്ങുമ്പോഴും ഒരൊറ്റ വ്യക്തിയായിട്ട് തോന്നും നിങ്ങൾ കസേരയിരിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല തോന്നുള്ളൂ വേറൊരാളുടെ കൈ നിങ്ങളുടെ കൈയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല വേറൊരാളുടെ കൈ നിങ്ങളുടെ കൈയായിട്ട് തോന്നുന്ന അവസ്ഥ ഉണ്ടാകും അതൊക്കെ ഒരു ബ്രെയിനിന്റെ ഒരു മെൻ്റൽ അപറേഷൻ ആണ് നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈ അല്ല അവസ്ഥ നിങ്ങൾക്ക് തോന്നാം മറ്റൊരാളുടെ കൈ നിങ്ങളുടെ കൈ കാണുന്ന അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാവാം മനസ്സിലാല്ലേ അങ്ങനെ സ്വന്തം കൈയല്ലെന്ന് തോന്നുന്നവരാണ് കൈയ്യൊക്കെ വെട്ടിമുറിക്കുന്നത് കൈ വെട്ടി മുറിച്ചിട്ട് ലിംഗം വെട്ടിമുറിക്കുന്നവരുണ്ട് ഇതൊന്നും തമാശ ചിരിക്കാൻ പറയുന്ന നല്ലത് ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ ബിറ്റ്വീൻ യുവർ ഇയേഴ്സാണ് ഈ സാധനം നിങ്ങളുടെ സെക്സും വയലൻസും വിശപ്പും വിശപ്പ് പറഞ്ഞ സാധനം ഇവിടെ വൈറ്റിലൊന്നും ഇല്ലാത്തപ്പോ ഉണ്ടാവുന്ന സാധനം അല്ല വൈറ്റിൽ അനുഭവപ്പെടാം നിങ്ങളുടെ ഫങ്ഷൻ റെഡി ഇതെല്ലാം ടോക്കൺസ് ആണ് നിങ്ങളെ അറിയിക്കുന്ന ഓരോ രീതികളാണ് വിശപ്പും എല്ലാ സാധനങ്ങളും മസ്തിഷ്കമാണ് കളർ എന്ന് പറയുന്നത് കളറുണ്ടോ കളറില്ല അത്ര ആവൃത്തിയിലുള്ള പ്രകാശത്തെ അടയാളപ്പെടുത്തുന്ന രീതിയാണ് കളർ പ്രകാശം ഉണ്ടെങ്കിലാണ് കളർ വരുന്നത് പ്രകാശമില്ലാത്ത കളറും ഇല്ല അപ്പോൾ ഒന്ന് ഏകത യൂണിറ്റി ഓഫ് എക്സ്പീരിയൻസാണ് സ്വത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൻ്റെ നമ്പർ വൺ ക്വാളിറ്റി നമ്പർ ടെൻ തുടർച്ച തുടർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ വ്യതിരിക്തമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും ഇവ ഇങ്ങനെ കാലപ്രഭാവത്തിലൂടെ ഇത് ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതായത് ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾ കടിച്ച മധുര മാങ്ങ മാമ്പഴത്തിൻ്റെ രുചി നിങ്ങൾക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നു എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് അല്ലേ അല്ലേ കല്യാണത്തിലെ ഉർവശി പറയുന്നവണ്ണം അന്നെറിഞ്ഞ അതൊക്കെ അങ്ങനെ ഒരു ഓർമ്മകളുടെ ഒരു മഹാപ്രവാഹമെല്ലാം ഒന്നാണ് എന്ന് നമ്മളെ ഒരു ഒരു സ്മൃതിരീതിയാണ് നമ്മുടെ സ്വത്വത്തിന്റെ ഞാൻ എന്നുള്ള ഭാവത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി അതാണ് തുടർച്ച എന്ന് പറയുന്നത് ഇനി മൊത്തം മൂർത്തീകരണം അതായത് എംബോഡിമെന്റ് എംബോഡിമെന്റ് എന്ന് പറഞ്ഞു എന്റെ ശരീരം ഉണ്ടാവും ഇതൊക്കെ എന്റെ എന്റെ ധാരണ എനിക്ക് അങ്ങനെ ധാരണ ഇങ്ങനെ ഉണ്ടാവുന്നത് ഈ ധാരണ എന്ന് പറയുന്നതാണ് ശരിക്കും മൂർത്തി നമ്മുടെ ഈ ഫീലിങ്സ് വെച്ചുകൊണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ ഒരു ആടെങ്കിലും എടുത്തൊരു കല്ലെടുത്തിട്ട് ഞാൻ ചതഞ്ഞായിട്ട് എനിക്ക് തോന്നുക പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു അനുശേഷി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ എന്ത് ചെയ്താലും ഞാൻ അറിയില്ല അതാണ് അനശേഷിയുടെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് മൊത്തത്തിൽ നമുക്കൊരു ഒരു ഒരു ബോധമുണ്ട് ഒരു ബോഡി ശരീരബോധമുണ്ട് ഈ ശരീരബോധം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ എന്നുള്ള ഭാവം ദുർബലപ്പെടും ശരീരബോധം ഇല്ലാത്തവരെ കണ്ട് നമ്മളിപ്പോൾ തുണിയൊക്കെ മാറി കിടക്കുക ഒരിടത്ത് കിടക്കുന്നത് നമ്മൾ പിടിച്ച് നരയും കാര്യം എന്താണ് അത് നമ്മുടെ സോഷ്യൽ കോൺഷ്യസ് അത് ഞാൻ പറയാൻ പറ്റും അതോടൊപ്പം ശരീരബോധമുണ്ട് എവിടെയൊക്കെ തുണി ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ശരീരബോധം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഞാനെന്നുള്ള ഞാനെന്ന് പറയുന്ന ഒരു പൂവാണെങ്കിൽ ആ പൂവിലെ ഓരോ ഇതളുകളാണ് ഈ ഭാവങ്ങളെല്ലാം ഇതളുകളെല്ലാം പോയി കഴിഞ്ഞാൽ പൂവില്ലാതാകുന്നത് പോലെ ഇത്തരം ക്വാളിറ്റീസ് ഓഫ് സെൽഫ് ഓരോന്ന് ഓരോന്ന് കുറഞ്ഞു വരുമ്പോൾ സെൽഫ് തന്നെ ഇല്ലാതായി മാറിക്കഴിഞ്ഞു ഇനി മറ്റൊന്നുള്ള സ്വകാര്യത നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാറില്ലേ നിങ്ങളിലൊരാൾ നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒറ്റയ്ക്ക് ഒരു നിങ്ങളോടൊരു ഡയലോഗ് എപ്പോഴും ഉണ്ടാകും അല്ലേ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യാസമാണെന്നുള്ളൊരു പ്രൈവസി തോട്ടുണ്ട് ഇത് നമ്മളുടെ ഞാൻ എന്നുള്ള ബോധത്തിൻ്റെ മറ്റൊരു ഉടയാടയാണ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് ഇനി ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ പ്രതിഷ്ഠ അല്ലെങ്കിൽ സോഷ്യൽ എംബൻഡിങ് സമൂഹം ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ് ഈ പല പരീക്ഷണങ്ങളും പറയുന്നത് നിങ്ങൾ ലോകത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് നാൾ കഴിയുമ്പോൾ നിങ്ങളെന്നുള്ള ബോധം തന്നെ ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഭാവങ്ങളും നിങ്ങളുടെ സംസാരവും ഭാഷയും ഒക്കെ രൂപം കൊള്ളുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണ് വസ്ത്രവും നിങ്ങളെന്താണ് മാച്ച് ആൻഡ് മാച്ച് ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ നിങ്ങളെ കാണുന്നതേയില്ല കണ്ണാടി ഇല്ലാത്ത ലോകത്തെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കാണുന്നത് പോലും ഇല്ല മറ്റുള്ളവരെ കാണിക്കാറുണ്ട് നിങ്ങളുടെ സംസാരം നമ്മളെല്ലാം ദേഷ്യം ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മാത്രമാണെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും എങ്ങനെയാണ് മറ്റൊന്നും ഇപ്പോൾ കാർ സ്റ്റാർട്ടാവുന്നില്ല നമ്മൾ ഒറ്റ ചവിട്ട് കൊടുക്കും നമുക്ക് ദേഷ്യം വരും കാറിനെ വേറൊരാളായിട്ടാണ് നമ്മൾ കാണുന്നത് അത് നമ്മുടെ സാമൂഹ്യ ബോധമാണ് മനസ്സിലായേ ചില കാര്യങ്ങളൊക്കെ ചില പറയാം ഓ എൻ്റെ കാറുണ്ടല്ലോ ഒരിക്കലും വഴിയിലിട്ടിട്ടില്ല കേട്ടോ ഭയങ്കര വിശ്വാസമാണ് ഇത് അയാളൊരു വ്യക്തിയായിട്ട് നിങ്ങളെടുക്കുകയാണ് ഈ സാമൂഹ്യ ബോധമാണ് സെൽഫിൻ്റെ അഞ്ചാമത്തെ ക്വാളിറ്റി ഈ അഞ്ച് ക്വാളിറ്റികൾ ഒരുപാട് വിശദമാക്കാറുണ്ട് ഈ അഞ്ച് ക്വാളിറ്റികൾ നിങ്ങളുടെ മസ്തിഷ്ക പ്രവർത്തനപരമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാനെന്നുള്ള സാധനം വരുന്നത് നിങ്ങൾ മരിക്കുമ്പോൾ ഈ ക്വാളിറ്റികൾ പൂർണ്ണമായും ഭാഗികമായി തളരുകയോ തകരുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ബോധങ്ങളെല്ലാം പോകും അൽഷമ്യേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉദാഹരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഒരു സാധനം പോകുന്നുമില്ല വരുന്നു എന്നുള്ളതാണ് ഇനി ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം നിങ്ങളുടെ ഉറക്കത്തെക്കുറിച്ച് ഇപ്പോൾ സ്വപ്നം സുഷുപ്തി ജാഗ്രത സ്വപ്നം സുഷുപ്തി തുരി എന്ന് പറയുന്ന നാലവസ്ഥകൾ വേദാന്തത്തിൽ പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജാഗ്രതയായിട്ടിരിക്കുന്നു പിന്നെ സ്വപ്നം കാണുന്നു പിന്നെ സുഷുപ്തി ഡീപ്പ് സ്ലീപ്പ് പോകുന്നു പിന്നെ തുരിയെ നാലാമത്തെ അവസ്ഥ അതിനൊക്കെ അനുകൂലമായിട്ട് ഓരോരുത്തർ ഇപ്പോഴത്തെ ഈ ബ്രെയിൻ ഇമേജിങ് ടെക്നിക്കിലെ വേവ്സിൻ്റെ ബ്രെയിൻ വേവ്സ് ഉണ്ട് ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സോറി നിന്റെ തലയിലേക്ക് ഇലക്ട്രോഡുകൾ കടുപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ല ആ സ്ത്രീകൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചുതരം വേവ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അഞ്ചു തരം വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് പേര് കൊടുക്കുന്നത് ആൽഫ വേവ് എന്ന് പറയുന്ന വേവ് ജനിച്ചിട്ടും മരിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇത്ര ആവൃത്തിക്കിടയുള്ള വേവിന് ആൽഫ എന്ന് പേര് കൊടുക്കുന്നത് മനസ്സിലെ അത് അഞ്ചാകണം അമ്പതും ആകാം നമുക്ക് വേവുകളായിട്ട് പേര് കൊടുക്കാം പക്ഷെ അഞ്ച് വേവ് ആയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ആദ്യത്തെ എന്താണ് ബീറ്റ ബീറ്റ യു ആർ ഡിബേറ്റിംഗ് ബീറ്റ അതാണ് ഞങ്ങൾ ഇപ്പോൾ ഓർക്കാൻ നിങ്ങളുടെ ഡിബേറ്റ് വളരെ സക്രിയമായിട്ടിരിക്കുമ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ബിറ്റാ ബേവ്സ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ഹെഡ്സിനു മുപ്പത് ഹെഡ്സിനും ചിലപ്പോൾ പതിനാല് ഹെഡ്സിന് മുപ്പത്തഞ്ച് ഹെഡ്സ് എന്ന് പറയും ചിലപ്പോൾ പതിനാല് ഹെഡ്സ് നാൽപ്പത് ഹെഡ്സ് എന്ന് പറയും പലർക്കും പല രീതിയിലാണ് ഇനി ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡള്ളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മസ്തിഷ്ക ബേസ് ആണ് യു ആർ ഉണർന്നിരിക്കുകയാണ് പക്ഷെ അത്ര ആക്റ്റീവ് അല്ല പ്രധാനമായിട്ട് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യും നോക്കാം അത് ഡള് അവസരം അന്നേരം നിങ്ങളുടെ മസ്തിഷ്കം ഉണ്ടാകുന്നതായിരിക്കും ആൽഫ വേഴ്സ് ആൽഫ ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ മുഴുവൻ കറണ്ടാണ് ഇലക്ട്രിസിറ്റിയാണ് അതാണ് നിങ്ങൾക്ക് ചൂടുള്ളത് ഈ ചൂട് പോകുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് മൈക്രോവ്സ് നിങ്ങൾ ജീർണിച്ച് പോകുന്നത് താപം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു തീയറി എന്ന് പറയുന്നത് ഈ തൊണ്ടയിലെ ടെമ്പറേച്ചർ കുറയുകയും അവിടെ അതുവരെ ആക്റ്റീവ് കഴിയാത്ത മൈക്രോവ്സിന് ആക്റ്റീവ് ആകാൻ കഴിയുകയും ചിലപ്പോൾ ഇൻഫെക്ഷൻ തരുന്നത് എന്നുള്ള ഒരു തീയറി ഉണ്ട് ഞാനത് പൂർണ്ണമായിട്ടും ഞാനത് പഠിച്ചിട്ടില്ല പക്ഷേ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നിങ്ങൾ ഡീ ആവുന്നത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചൂടുണ്ടല്ലോ അത് ഇലക്ട്രോൺ ഫ്ലോ തന്നെയാണ് ഇലക്ട്രിസിറ്റി വഴിയാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ ബൾബ് കത്തുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇലക്ട്രോണിന്റെ ഫ്ലോ തന്നെയാണ് അല്ലാതെ നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ജൈവ ഇലക്ട്രോണും മറ്റേത് വേറെ ഇലക്ട്രോണും നല്ല കേട്ടോ എല്ലാ സാധനവും തന്നെ അപ്പം ഇനി മറ്റൊന്നുള്ള ഡെൽറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നാല് ഹെഡ്സ് അതായത് ബിറ്റെ ആണ് വലിയ സക്രിയത ആൽഫ എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടുള്ള സക്രിയത ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡ്രൗസിനെസ് നിങ്ങളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമുള്ള അവറൊക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാകും പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ തരംഗങ്ങളാണ് നിങ്ങളുടെ മസ്തിഷ്ണം പുറപ്പെടുവിക്കുന്നത് അത് കഴിഞ്ഞ് തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ തിന്നുകഴിഞ്ഞാലുള്ള അവർ ഒക്കെ പുറത്തും ആകെ സ്ലീപ്പ് തന്നെയാണ് ഒരു ബോധവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും മേള ഞാൻ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലാണ് ഗാമ ഗാമെന്ന് പറഞ്ഞാൽ ഫോർട്ടി ഹെഡ്സിനെ എബോ ഈ ഈ തീറ്റയുടെ തന്നെ ഫോർ ഹെഡ്സ് ടു സീറോ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷേ ഫോർ ഹെഡ്സ് ടു പോയിൻറ്റ് ഫൈവ് ഹെഡ്സ് ആണ് പറയുന്നത് അതായത് ഒരിക്കലും നിങ്ങളുടെ മസിൽഷൻ ആക്ടിവിറ്റി സീറോ ആവില്ല അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല നിങ്ങൾ മരിക്കണമല്ലോ ഏറ്റവും വലിയ ടെൻഷനൊക്കെ വരുമ്പോൾ നിങ്ങളിങ്ങനെ ശരീരമൊക്കെ ഭയങ്കരമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ് ഹൈ അലേർട്ട്നെസ് പെട്ടെന്നൊരു വില്ലൻ അപ്പുറം ഇരിക്കുന്നു നിങ്ങൾ ഒളിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ തലയിൽ വരുന്നത് ഗാമ ആയിരിക്കും ഗാമാ വ്യവസായിരിക്കും ഫോർട്ടി ഹെഡ്സിന് എബോവായിരിക്കും അതായത് ബീറ്റയെക്കാൾ കൂടുതൽ ഇപ്പൊ ഗാമ ബീറ്റ ആൽഫ ഡെൽറ്റ സോറി തീറ്റ ഡെൽറ്റ ഡെൽറ്റ ആണ് ഏറ്റവും കുറവ് ഡെൽറ്റ എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ് അല്ല ഡീപ്പ് സ്ലീപ്പ് ഇതൊക്കെ എല്ലാം ആക്ടിവിറ്റി ഇതാണ് ബോധത്തിന്റെ വിവിധ പടവുകൾ മനസ്സിലായേ വിവിധ പടവുകൾ ഇത് അഞ്ചാക്കി എടുക്കാം പത്താക്കി എടുക്കാം നിങ്ങൾ ഈ റൈസിന് പേര് കൊടുക്കുന്നത് മാറ്റിയാൽ മതിയാവും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഗീതയിൽ ആത്മാവിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട് and more words of uh, our fresh indian oricle arghikata or prime minister and i am going to agree india or rather gandhi arghikunundavo all in all but or rather nehru arghikunundavo in that matter there is a problem essentially i am interested in this world in this not some other world of future life whether there is such a thing as soul or whether that there is a survival after death or not i do not know and important as these questions are they do not trouble me the least governor thanks for listening